കർത്താവ യേശുക്രിസ്തുവിന്റെ ഒരു ശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ മത്തായുടെ സുശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ ഒരു വാക്യമാണ് ഞാൻ ആദ്യം വായിക്കാൻ പോകുന്നത് എന്നാൽ ഇപ്പോൾ അതിനു മുമ്പായി എല്ലാവരും വേദപുസ്തകം തുറക്കണ്ട ഈ വേദപുസ്തകം ഉയർത്തി ഒന്ന് സ്തുതിക്കാൻ തുടങ്ങുകയാണ് ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തന്നാൽ നാം ആ കുഞ്ഞുങ്ങളെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കാറുണ്ട് ദൈവം നമുക്ക് സത്യവേദപുസ്തകം തന്നിരിക്കുകയാണ് ആധുനിക ലോകത്ത് ധുനികരിൽ ആധുനികനാകാൻ അധ്വാനിക്കുന്ന മനുഷ്യൻ മോഡേൺ ആൻഡ് അൾട്രാ മോഡേൺ എന്ന മനോഭാവത്തോടെ ജീവിതത്തിൽ പലതിനും പലതിനും വേണ്ടി പരിശ്രമിക്കുന്ന മനുഷ്യൻ എന്നാൽ അങ്ങനെയുള്ളതായ മനുഷ്യൻ ജീവിതത്തിന്റെ നിസ്സാരത കണ്ട് ചിലപ്പോഴെല്ലാം പരിഭ്രമിക്കാറുണ്ട് ജീവിതം ഏതുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ക്ഷണികമാണല്ലോ എന്നുള്ളതായ യാഥാർത്ഥ്യത്തെ നേരിടാറുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിലെങ്ങനെ എഴുതിയിരിക്കുന്നു ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച വിവാഹം നടന്നു പിറ്റേ ദിവസം രാവിലെ മണവാളൻ റോഡിലേക്കൊന്നിറങ്ങിയതാണ് വിരുന്നുകാരിൽ ഒരാളെ തിരിച്ചയക്കാനായിട്ട് ഒരപകടത്തിൽ മരിച്ചു ആ പത്രത്തിലെഴുതിയിരിക്കുന്നു ഞായറാഴ്ച ഭാര്യയായി തിങ്കളാഴ്ച വിധവയായി ഇതിനുമുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട് രാവിലെ ഭാര്യയായി വൈകുന്നേരത്തേക്ക് വിധവയായി ഇതാണ് മനുഷ്യന്റെ അവസ്ഥ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി മനുഷ്യൻ വേദപുസ്തകത്തിലേക്ക് സത്യത്തിലേക്ക് മടങ്ങിവരേണ്ടിയിരിക്കുകയാണ് നാം വേദപുസ്തകം ഉയർത്തി കർത്താവിനെ സ്തുതിക്കുന്നത് വേദപുസ്തകത്തിലെ ഒരു വാക്യം അടിസ്ഥാനപ്പെടുത്തിയാണ് പൂവാടി പുല്ലുവാടി പൂവിതർന്നു ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ വേദപുസ്തകം നമ്മുടെ കരങ്ങളിലെടുത്ത് ഒന്ന് ഉയർത്തി കാണിച്ചുകൊണ്ട് ദൈവമേ പുല്ലുവാടുന്നു പൂ വിതറുന്നു ദൈവത്തിന്റെ വചനമോ എന്തേക്കും നിലനിൽക്കുന്ന കർത്താവേ ഈ സത്യവേദ പുസ്തകത്തിലേക്ക് ഞങ്ങൾ വടക്കി വരുത്തമാറാക്കണമേ ദൈവത്തിന്റെ വചനത്തിലേക്ക് ഞങ്ങൾ തിരികെ വരുത്തുവാറാക്കണമേ ജീവനുള്ള ദൈവത്തിന്റെ അത്ഭുതകരമായ സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുത്തവരാകണമേ ഈ പുസ്തകം ഞങ്ങൾക്ക് തന്നെ ദൈവമേ ഞങ്ങളെങ്ങയെ വാഴ്ത്തുന്നു കർത്താവ് ഈ പുസ്തകം ഞങ്ങൾക്ക് തന്നെ കർത്താവ് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ജീവന്റെ ആധാരമായി ജീവിതത്തിന്റെ മറുമായി സമാധാനത്തിന്റെ അതേ ആധാരമായി കലവറയായി ഞങ്ങൾക്ക് ഈ പുസ്തകം തന്ന ദൈവമേ ഞങ്ങളെ വാഴ്ത്തുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു നാവുള്ളവരെ ഈ പുസ്തകങ്ങനായി സ്ത്രോത്രം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അവനത്രേ കടന്നു വന്നിരിക്കുന്നത് അവനത്രേ മഹാനായിരിക്കുന്നത് പുസ്തകം നമുക്ക് താഴെ വയ്ക്കാം താഴുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യം പാമ്പുകളെ സർപ്പസന്തതികളെ നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും എന്റെ കർത്താവിന്റെ പ്രസംഗത്തിലെ ഒരു വചനമാണ് പാമ്പുകളെ സർപ്പസന്തതികളെ നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും ഹൗ വിൽ യു എസ്കേ ബീങ് കണ്ടെം ടു ഹെൽ നരകത്തിലേക്ക് നിങ്ങളെ എറിയപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കെങ്ങനെ ഒഴിവാകാൻ പറ്റും രണ്ടായിരം കൊല്ലം മുമ്പ് പലസ്തീൻ നാട്ടിൽ മുഴങ്ങിയതായൊരു ശബ്ദമാണ് നിങ്ങൾക്കെങ്ങനെ നരകവിധിയിൽ നിന്ന് ഒഴിവാകാൻ പറ്റും രണ്ടായിരം കൊല്ലം മുമ്പ് അത് കഴിഞ്ഞു ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഈ വചനം സ്ഥിരമായി നിൽക്കുകയാണ് പാമ്പുകളോടല്ല സർപ്പത്തോടല്ല കർത്താവ് ഈ വചനം പറഞ്ഞത് നമുക്കറിയാം എഴുന്നിടക്കുന്ന പാമ്പുകളോടല്ല എഴുകുന്ന സർപ്പങ്ങളോടല്ല രണ്ടു കാലിൽ നടക്കുന്നതായ മനുഷ്യനോടും ദേവാലയങ്ങളിലും അതേ ങ്ങളിലും ആചാരങ്ങളിലും ആത്മീയം കണ്ടെത്തി അതിലെല്ലാമാണ് ദൈവം എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തെ നരകമാക്കി സ്വന്തം ജീവിതത്തെ അശുദ്ധമാക്കി ജീവനുള്ള ദൈവത്തിന്റെ വേലയെ തകർത്ത് അവന്റെ പുത്രനെ ചവിട്ടി നടക്കുന്നതായ അന്നത്തെ തലമുറയോട് അങ്ങത്തെ ഭർത്താക്കന്മാരോട് അന്നത്തെ ഭാര്യമാരോട് അങ്ങത്തെ പുരോഹിതന്മാരോട് എന്റെ ഭർത്താവ് പറയുന്നതായ വചനമാണ് പാമ്പുകള് സർപ്പസന്തതികള് നിങ്ങൾക്കെങ്ങനെ നിങ്ങൾക്ക് നരകവിധി എങ്ങനെ ഒഴിഞ്ഞുപോകാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ സാധ്യമല്ല എന്നാണ് കർത്താവിന്റെ ധനിയതാണ് സാധ്യമല്ല സത്യമായ ഭക്തിക്ക് തടസ്സം കള്ളന്മാരും കവർച്ചക്കാരുമല്ല ശരിയായ ഭക്തിക്ക് തടസ്സം ദൈവഭക്തിക്ക് തടസ്സം കള്ളന്മാരും കൊള്ളക്കാരുമല്ല ശരിയായ ദൈവഭക്തിക്ക് തടസ്സം കപടഭക്തിയാണ് അത് നമുക്കെല്ലാം ഈ തലമുറയിൽ മനസ്സിലാകുന്ന സത്യമാണ് ദൈവഭക്തിക്ക് തടസ്സം കള്ളന്മാരും കൊള്ളക്കാരുമല്ല മറിച്ച് കപടഭക്തിയാണ് ആ കപടഭക്തി പ്രിയപ്പെട്ടവരെ ആ കവട ഭക്തരെ നോക്കിയാണ് കർത്താവെന്ന് ആ പേര് വിളിച്ചത് ഞാൻ പറയട്ടെ ഈ ക്രിസ്ത്യൻ റിവൈവൽ ഫെല്ലോഷിപ്പ് പോലെയുള്ള സഭാപരമായ അതിരുകളില്ലാത്ത സ്ഥാപിത താൽപ്പര്യമില്ലാത്ത വിശ്വാസികളുടെ കൂട്ടായ്മ ഈ കാലഘട്ടത്തിന്റെ ഒരാവശ്യമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നതായ തലമുറയ്ക്ക് മദ്യപാനത്തിലും ലൈംഗികമായ ആഭാസത്തിലും കപടഭക്തിയിലെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ തലമുറയ്ക്ക് ശരിയായ സുവിശേഷം എത്തിക്കാൻ സഭയുടെ അതിർവരമ്പുകളില്ലാത്തതായ സ്ഥാപിത താൽപര്യങ്ങളില്ലാത്തതായ കൂട്ടായ്മ ആവശ്യമാണ് ചോദിച്ചേക്കാം ഇത്രമാത്രം സഭകളും ഇത്രമാത്രം കൂട്ടായ്മകളുമുള്ളതായ ഈ ദേശത്ത് അല്ലെങ്കിൽ ഈ മലയാളക്കരയിൽ എന്തിനാണ് പിന്നെയൊരു കൂട്ടായ്മയെന്ന് വ്യക്തമായ ഉത്തരം ഞങ്ങൾക്കുണ്ട് ദൈവം ഞങ്ങൾക്ക് ശരിയായ ഒരു കാഴ്ചപ്പാട് തന്നിട്ടുണ്ട് വ്യക്തമായ ഒരു ദർശനം തന്നിട്ടുണ്ട് വ്യക്തമായ ഒരു ദൂത് വന്നിട്ടുണ്ട് ആ ദൂതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തമായ ഉദ്ദേശത്തോടെയാണ് മറ്റാരും ചെയ്യാത്തത് മറ്റാരും പറയാത്തത് കൊണ്ടാണ് മറ്റു കൂട്ടായ്മകളും ഈ സ്വർഗീയ ദൌത്യം ഏറ്റെടുക്കാൻ മുന്നോട്ട് വരാത്തത് കൊണ്ടാണ് ബലഗീനരായ ഞങ്ങളെ ദൈവം വിളിച്ച് ഈ സത്യം പരമേൽപ്പിച്ചു ആ സത്യത്തിനു വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണ് ദൈവം ഞങ്ങളെ പരമേൽപ്പിച്ച ദൌത്യം സഭയുണ്ടാക്കലല്ല സഭ മാറാതെ കക്ഷി മാറാതെ കക്ഷിപരമായ പള്ളിപരമായ വ്യത്യാസങ്ങൾക്കെല്ലാം അതീതമായി സ്നാനത്തിനോ അല്ലെങ്കിൽ ഒന്നുകൂടെ മുതിർന്ന സ്ഥാനമെടുത്താലോ പൌരോഹിത്യത്തോടോ പള്ളിയോടോ വിരോധമുണ്ടായാൽ ആത്മീയവർദ്ധനമുണ്ടാകില്ല എന്ന് വ്യക്തമായ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് ദൈവം ഞങ്ങളെ ശരിയായൊരു സുവിശേഷം പരമേൽപ്പിച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ക്രിസ്തു പാപത്തിന്റെ മേൽ ജയം പ്രാപിക്കുക എന്നുള്ളതാണ് കൃതാവായ യേശു മനുഷ്യൻ പാപത്തിന്റെ മേൽ ജയമനുഭവിക്കണം സഹോദരങ്ങളെ ീ വ്യക്തമായ ലക്ഷ്യത്തോടും നിർണയത്തോടും ഈ ദൂത് ഈ ദിനത്തെ അറിയിക്കാൻ വേണ്ടിയാണ് ദൈവം ഞങ്ങളെ ഈ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നത് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് ഇത് ഞങ്ങൾ മാത്രം ചെയ്യണമെന്നുള്ളതല്ല സത്യം പറയുന്ന പുരോഹിതനും ആത്മാവിൽ ആത്മ നിറവുള്ളതായ അൽമായക്കാരും ഈ വേല ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സത്യം പറയണ പുരോഹിതന്മാരുണ്ടാകണം ആത്മനിറവുള്ളതായ ആത്മീയരെ ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഈ വേല ഏറ്റെടുത്തിരിക്കുന്നത് ഈ നന്മയക്കാരെ അടിച്ചു മാറ്റിക്കൊണ്ട് തോറ്റുപറക്കി മാറ്റിക്കൊണ്ട് അവരുടെ പണി ദൈവത്തിന്റെ വേല അവരുടെ പണി സുവിശേഷം വായിക്കലല്ല മിണ്ടലല്ല പറയലല്ല അറിയിക്കലല്ല എന്ന് മാറ്റിവെച്ചുകൊണ്ട് സുവിശേഷം മുഴുവൻ ഞങ്ങളുടെ സ്വന്തമാണെന്ന് കരുതിക്കൊണ്ട് അതിന്റെ കുത്തകാശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ആളുകളോട് ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട് അത് വേദപ്രസംഗത്തിലെ സത്യമാണ് അതൊരു ദൈവിക ദൂടാണ് എന്താണത് ചെങ്കടലിന്റെ തീരത്ത് ഇസ്രായേൽ ജനം വന്നു ചെങ്കടൽ നിറഞ്ഞൊഴുകുകയാണ് മോശ കൈനീട്ടി മോശ കൈനീട്ടിയപ്പോൾ ചെങ്കടൽ മാറി കാല് നനയാതെ ദൈവത്തിന്റെ വചനം പറയുന്നു കാല് നനയാതെ ഇസ്രായേൽ അപ്പുറത്ത് കിടന്നു കാലം കഴിഞ്ഞു ദൈവജനം യോർദാൻ നദിയുടെ വക്കലെത്തി കൈനീട്ടാൻ മോശയില്ല കൈനീട്ടാൻ യോശുവായും കൈനീട്ടാൻ ദൈവം ദൈവം പറഞ്ഞു പുരോഹിതന്മാരൊക്കെയും പെട്ടകൻ ആ നദിയിലേക്ക് ഇറങ്ങി നിൽക്കട്ടെ എന്ന് പറഞ്ഞു പുരോഹിതന്മാർ ഇറങ്ങി നിന്നു ജനം അപ്പുറ കിടന്നു അവസാനത്തെ തടസ്സമായ യോർദാന്റെ ആ വലിയ കോട്ട എരീഹോ മതിലിന്റെ അടുക്കലെത്തി അപ്പോ ദൈവം പറഞ്ഞു പുരോഹിതന്മാരുടെ ചിട്ടപ്രകാരമുള്ളതായ ഒരു കാഹളമൂത്തുകൊണ്ട് ഈ കോട്ട മാറുകയില്ല പുരോഹിതന്മാർ കകള മൂതിക്കോട്ടെ ചിട്ടപ്രകാരമുള്ളതായ ഒരു കാഹളമൂത്തുകൊണ്ട് ഈ എരീഹോ കോട്ട തകരുകയില്ല അത് തകരണമെങ്കിൽ ജനം ഉച്ചത്തിൽ ആർപ്പിടണം ആ ദൈവത്തിന്റെ കൽപ്പനയാണ് ജനം മുഴുവനും പുരോഹിതൻ പോരാ പ്രിയപ്പെട്ടവരെ യേശുവ പോരാ ജനം മുഴുവനും ഉച്ചത്തിൽ ആർപ്പിട്ടാൽ മാത്രമേ കോട്ട വീഴുകയുള്ളൂ എന്ന് മോ യേശുവാ കൽപ്പിച്ച പ്രകാരം നാം വായിക്കുന്നത് എങ്ങനെയാണ് ദൈവജനം ഉച്ചത്തിൽ ആർപ്പിട്ടു പ്രിയപ്പെട്ടവരെ എരിഹോമതിൽ തകർന്നു വീണു ഞാൻ അറിയിക്കട്ടെ ഞാൻ പറയട്ടെ ദൈവത്തിന്റെ ദൂതായി ഞാൻ പറയട്ടെ ഇന്ന് സാത്താന്റെ കോറ്റകൾ തകരണമെങ്കിൽ ഈ ജനസമൂഹം മുഴുവനും ഉച്ചത്തിൽ ആർപ്പിടേണ്ടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അതിന് തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും പോരാ അതിന് പ്രത്യേക നിയോഗമുള്ള ഏതാനും പോരാ ഈ ജനസമൂഹം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പുറകിലെ മുമ്പിൽ വിരിക്കുന്നതായ ഈ ചാരത്തം ദൂരത്ത് വിരിക്കുന്നതായ ഓരോരുത്തരും ഉച്ചത്തിൽ ആർപ്പിട്ടാൽ മാത്രമേ ഈ എരി ഈ സാത്താന്റെ കോട്ട ീഴുകയുള്ളു നിങ്ങൾ ഒരുങ്ങിയാണോ ഇരിക്കുന്നത് നിങ്ങൾ തയ്യാറായിട്ടാണോ ഇരിക്കുന്നത് ജനം ആർപ്പിട്ടാലേ കോട്ട തകരുകയുള്ളു സഹോദരങ്ങളെ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണ് നാം ആർപ്പിടണം ഈ ജനത്തെ ആർപ്പിടാൻ അനുവദിക്കണം ഈ ജനത്തെ ദൈവത്തിന്റെ വചനം കേൾക്കാൻ ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ ദൈവത്തിന്റെ വചനം അറിയിക്കാൻ ഈ ജനത്തെ അനുവദിക്കാതെ ഈ ജനത്തിന്റെ വാലടച്ചുപിടിച്ചുകൊണ്ട് തകരുകയില്ല എന്ന് അറിയിക്കാൻ താല്പര്യമുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരുങ്ങുക കർത്താവെ ആർപ്പിടലിന്റെ മൂന്ന് ദിവസം കഴിഞ്ഞു നാലാം ദിവസവും ഇനിയും ആർപ്പിടാൻ എനിക്ക് ശബ്ദം തരണമേ എനിക്ക് സ്വരം തരണമേ എനിക്ക് അനുഭവം തരണമേ എനിക്ക് ജീവൻ തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കലങ്ങിയ പുഴ നാം കാണാറുണ്ട് മലയാളികളായി നമുക്ക് അതൊരു വലിയ പുത്തിരിയല്ല കലങ്ങിയ പുഴ പലപ്പോഴും ഞാൻ കാണാറുണ്ട് എന്നാൽ ഏതാനും ദിവസം കഴിയുമ്പോൾ ആ പുഴ ശാന്തമായി ഒഴുകുന്നത് കാണുകയാണ് ഒന്നും ചെയ്തിട്ടല്ല കുറേ ദിവസം കലങ്ങി ഒഴുകിയ മഴ ആ പുഴ ഏതാനും ദിവസം കഴിയുമ്പോൾ ആ പുഴ ശാന്തമായിട്ട് ഒഴുകുകയാണ് എന്നാൽ നമ്മുടെ ജീവിതം അങ്ങനെ തനിയെ ശാന്തമാകാറില്ല പെട്ടെന്ന് കലങ്ങുമെങ്കിലും വളരെ പെട്ടെന്നോ കുറെ നാൾ കഴിഞ്ഞാലോ ജീവിതമങ്ങനെ ശാന്തമാകാറില്ല ജീവിതം ശാന്തമാക്കാൻ ഒരുവൻ കടന്നു വരേണ്ട ആവശ്യമുണ്ട് നമ്മുടെ കർത്താവിന്റെ അപ്പോസലന്മാർ മനസ്സിലാക്കി സമുദ്രം കലങ്ങുന്നത് കടല് കലങ്ങുന്നത് അവർ കണ്ടിട്ടുണ്ട് എന്നാൽ ആ കലങ്ങുന്ന കടലിന്റെ നേരെ നോക്കി ആ കടലിനെ ശാസിക്കുന്ന ഒരുവനെ അവർ കണ്ടിട്ടില്ല അവർക്ക് വരികയുമില്ല എന്നാൽ അവർ കാണാൻ തുടങ്ങി കലങ്ങുന്ന കടലിനെ നേരെ നോക്കി അതിനോട് ശാന്തമാകുക കൽപ്പിച്ചപ്പോൾ ആ കടല് ശാന്തമായി എന്നുള്ളത് അവരനുഭവിച്ചു ആരാണ് കൽപ്പിച്ചത് ആരാണ് തിരമാലകളെ അടക്കിയത് കൃത്താവായ ഈ കൂട്ടത്തിനറിയാം അവന്റെ പേര് അറിയാം പേരറിയാവുന്നവരെല്ലാം ആ പേരെന്ന് വിളിച്ചു ആരാണ് കടലിനെ അടക്കിയത് ആരാണ് തിരമാലകളെ ശാന്തമാക്കിയത് ആര് പറഞ്ഞപ്പോഴാണ് ആ തിരമാലകൾ അടങ്ങിയത് അറിയാവുന്നവരെല്ലാം ആ പേരെന്ന് നിങ്ങളുടെ നാവിക സ്വർഗമെന്ന് കേൾക്കട്ടെ ഈ സമൂഹം എന്ന് ഈ ദേശമെന്ന് കേൾക്കട്ടെ അവന്റെ പേരെന്താണ് അവന്റെ പേരെന്താണ് അവന്റെ പേരെന്താണ് അവന്റെ പേരെ അവന്റെ നാമം എത്ര അവൻ ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നോഡിലേക്ക് നോക്കുമ്പോൾ ടാങ്ക് ലോറി കാണാറുണ്ട് ടാങ്ക് ലോറി രണ്ടുതരം പ്രധാനമായും കാണാം ഒന്ന് പച്ചവെള്ളം കൊണ്ടുപോകുന്ന ടാങ്ക് ലോറി കുടിവെള്ളം എഴുതിയിട്ടുണ്ട് കുടിവെള്ളം കുടിവെള്ളം കുടിവെള്ളം ഞാൻ കാണാറുണ്ട് നല്ല കാര്യമാണ് പക്ഷേ വേറെ ഒരു ടാങ്ക് പോകുന്ന ഞാൻ കാണാറുണ്ട് പെട്രോളിയം പ്രോഡക്ട്സാണ് പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ ഗ്യാസോ അങ്ങനെയുള്ള സാധനങ്ങളാണ് ആ ലോറിയിൽ കൊണ്ടുപോകാറുള്ളത് ആ ലോറിയിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കാൻ നമുക്ക് കാണാം ഹൈലി ഇൻഫ്ലെയിമബിൾ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ളത് എന്ന് ഞാൻ ഇങ്ങനെ ധ്യാനിക്കുകയാണ് ഓരോ വിശ്വാസിയുടെയും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്ത്യാനിടയിൽ നിന്നാണ് ഓരോ വിശ്വാസിയുടെയും ഈ പൊന്തൽ വന്നിരിക്കുന്ന ഓരോ വിശ്വാസിയുടെയും നെറ്റിയിൽ ദൈവം തും എഴുതിയിട്ടുണ്ട് ഹൈലി ഇൻഫ്ലെയിമബിൾ വളരെ വേഗം തീപിടിക്കാൻ സാധ്യതയുള്ളത് തിരുപ്പക്കാരാ പ്രിയപ്പെട്ട യുവാവേ നീ തീ സാധ്യതയുള്ളവനാണ് നീ വളരെ വേഗം അതെ ഹൈലി ഇൻഫ്ലെയിമബിൾ ബൈ ഡിവൈൻ ഫയർ ദൈവാത്മാവിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ ശക്തിയാൽ തീ സാധ്യതയുള്ളവനാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോരുത്തരും ആരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവാത്മാവിന്റെ തീയാൽ തീപിടിക്കാൻ സാധ്യതയുള്ളവരാണ് അത് ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ളവർക്ക് ാണ് പിടിക്കാൻ സാധ്യതയുള്ള മനുഷ്യനാണ് എറിയേണ്ടത് അറിഞ്ഞാൽ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ചാൽ മറക്കേണ്ടത് മറിഞ്ഞാൽ സഹോദരാന് സാധ്യതയുള്ള മനുഷ്യനായിട്ട് മാറും ഇൻഫ്ലെയിമബിൾ ഓരോ ഈസ് ഹൈലി ഇൻഫ്ലെയിമബിൾ കഴിഞ്ഞ മൂന്നു ദിവസമായി ഈ നാലാം ദിവസവും ദൈവം നമ്മളെ തീപിടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുകയാണ് കോർപ്പറേഷന്റെ ഒരു കുപ്പി മദ്യത്തിന് വേണ്ടി ക്യൂ നിക്കേണ്ടവനല്ല നീ തീ പിടിക്കേണ്ട ഒരു മനുഷ്യനാണ് മദ്യശാപ്പിന്റെ മുമ്പിൽ പോയി അതിനു മുമ്പിൽ ക്യൂ നിക്കേണ്ട മനുഷ്യനല്ല പ്രിയപ്പെട്ട സഹോദരി തുണിക്കടുകളുടെ ഭാഗത്തോ സ്വർണ്ണക്കടയുടെ അകത്ത് നിൽക്കുന്ന ഒരു സ്റ്റാച്ചുവിനെ പോലെ കഴിയേണ്ടവളല്ല നീ ഒരേ യാടയാഭരണങ്ങൾ അടിഞ്ഞ് ഒരേ സ്വർണ്ണാഭരണങ്ങളൊക്കെ അടഞ്ഞ് അതെ സ്വർണക്കടയുടെയും തുണിക്കടയുടെയും വിളി ചില സ്റ്റാച്യു പോലെ ഇരിക്കുന്ന ഒരു സ്ത്രീ അല്ല നീ നീ തീപിടിക്കേണ്ടവളാണ് നീ ഒരു സെക്സ് ബോംബായി ജീവിക്കേണ്ടതല്ല നീ തീ സഹോദര നീ തീ പിടിക്കേണ്ടവനാ ഉപ്പുചാക്ക് ചമക്കുന്നതിനേക്കാൾ എത്രയോ പ്രയാസമാണ് പണം ഇട്ട ചാക്ക് ചോന്നണ്ടിടക്കാൻ പറയും ഉപ്പു ചാക്ക് ചമക്കുന്നവന് കുറച്ച് സമാധാനമെങ്കിലും ഉണ്ട് അതിനകത്ത് കുറച്ച് പണം ഇട്ട ചോന്നിടന്നാൽ ഒരിച്ചു സമാധാനം കിട്ടുമോ പ്രിയപ്പെട്ടവരെ ഉപ്പു ചാക്ക് ചമക്കുന്നവന് എന്നാൽ ആ ഉപ്പിനകത്ത് ഉപ്പിനു പകരം അതിനകത്തേക്ക് പണം നിറച്ചിട്ട് അത് ചെന്നോണ്ടു പോയാൽ നിനക്ക് നടക്കാവോ നിനക്ക് ഉറങ്ങാവോ നിനക്ക് സ്വസ്ഥതയുണ്ടോ നിനക്ക് സമാധാനമുണ്ടോ പ്രിയ സഹോദര നീ എങ്ങനെ നടക്കേണ്ടവനല്ല നീ പണഞ്ഞ് പണച്ചാക്കായി നടക്കേണ്ടവനല്ല നീ തീപിടിക്കേണ്ട ഒരു മനുഷ്യനാണ് പ്രിയപ്പെട്ടവരെ നീയൊരു നിത്യ രോഗിയായി കഴിയേണ്ടവനല്ല നീയൊരു നിത്യ രോഗിയായി അവസാനിച്ചു പോകേണ്ടവനല്ല നീ ഇപ്പോൾ പ്രാർത്ഥിക്കണം കർത്താവേ എന്റെ രോഗം വലിയ രോഗമാണ് എന്റെ രോഗം ചെറുതല്ല എന്റെ രോഗം ഗുരുതരമാണ് അത് ടെർമിനലാണ് അത് തീർന്നു പോകാവുന്നതാണ് ഹാലി ഹായെന്ന കർത്താവേ ഞാനൊരു സന്ദേശം കേൾക്കുകയാണ് ഞാനൊരു തീയെ കാണുകയാണ് ഞാനൊരു തീയെ അറിയുകയാണ് ഞാനൊരു തീ അനുഭവിക്കുകയാണ് കർത്താവേ ഞാനിങ്ങനെ തീർന്നു പോകേണ്ടവനല്ല ഈ ടെർമിനൽ ഡിസീസിൽ ഈ അതിഭയങ്കരമായ രോഗത്തിൽ ഞാൻ അസ്തമിച്ചു പോകേണ്ടവനല്ല ഞാൻ വരും കാലങ്ങളിൽ എഴുന്നേറ്റ് ദൈവത്തിന്റെ വേല ഒരു ഹൈലി ഇൻഫ്ലെയിമ് തീ പിടിക്കേണ്ട ഒരു മനുഷ്യനാണ് ആരെല്ലാം ഉണ്ട് ആരെല്ലാം ഉണ്ട് ആരെല്ലാം ഉണ്ട് ഞാൻ തീപിടിക്കേണ്ട ഒരു മനുഷ്യനാണ് ഇന്നുമുതൽ ഞാൻ ജീവിച്ചുകൊള്ളാമെന്ന് കർത്താവിനോട് പറയുന്നതാണ് ക്രിസ്തീയ സമർപ്പണം എന്ന് പറയുന്നത് ദൈവമക്കളെ ദൈവം നമുക്ക് തരുന്നതായി ആയുസ്സിന്റെ വില ആരോഗ്യത്തിന്റെ വില പഴയ ദൈവപിതാക്കന്മാർ ദാവീത് അനുതാപത്താൽ തീപിടിച്ചിരുന്നത് കൊണ്ടാണ് ദാവീത് യാഗം കഴിച്ചപ്പോൾ അവന്റെ യാഗപീഠത്തിൽ തീയിറങ്ങി രവീദന്റെ യാഗപീഠത്തിൽ തീയിറങ്ങി ഏലിയാവ് വിശ്വാസത്താൽ തീപിടിച്ചവനായതുകൊണ്ടാണ് ഏലിയാവ് കർമ്മേലിൽ നിന്നുകൊണ്ട് യാഗം കഴിച്ചപ്പോൾ ആ യാഗപീഠത്തിൽ തീയിറങ്ങി മോശ ദൈവത്തെ അറിയണം ദൈവത്തെ അന്വേഷിക്കണം എനിക്ക് ദൈവമാണ് വലുത് എന്നുള്ളതായ ആഗ്രഹത്തോടുകൂടെ ജീവിച്ചവനായതുകൊണ്ടാണ് മോശ നോക്കിയപ്പോൾ തന്നെ ഹോരബിൽ ഒരു തീയവന്റെ കണ്ണിലേക്ക് വന്ന് പെടുകയാണ് അബ്രാഹാമിനോടുള്ള ദൈവത്തിന്റെ സന്ദേശം എന്തായിരുന്നു മുറിയാമനയിലേക്ക് കയറുമ്പോൾ അബ്രാഹാമിനോടുള്ള ദൈവത്തിന്റെ സന്ദേശം എന്തായിരുന്നു തന്റെ മകനായ സുവാക്കിന് യാഗം കഴിക്കാൻ വേണ്ടി മുറിയാമനയിലേക്ക് കയറുമ്പോൾ അബ്രാഹാമിനോടുള്ള ദൈവത്തിന്റെ സന്ദേശം എന്തായിരുന്നു അമ്പലാസങ്കീർത്തനം ഒമ്പതാം വാക്യത്തിൽ ആസാഹുറയും നിന്റെ വീട്ടിലെ കാളയെയും നിന്റെ തൊഴിലെ ആട്ടുകറ്റന്മാരെയും എനിക്ക് വേണ്ട എനിക്ക് ആയിരം ആയിരം ആട്ടുകറ്റന്മാരുടെ രക്തം എനിക്ക് വേണ്ട ആ മറിയാമലയിൽ ഈ ആഗമരിക്കി കത്തിയെടുത്ത് മുന്നിലേക്ക് നിവർത്തിക്കൊണ്ട് തന്റെ മകനായ ഇസുവാക്കിനെ വെട്ടുവാൻ വേണ്ടി ആ കത്തിയോങ്ങുമ്പോൾ ദൈവത്തിന്റെ സന്ദേശം അബ്രഹാവിന്റെ ചെവിയിലേക്ക് വന്നു ബാലന്റെ കൈവയ്ക്കരുത് എനിക്ക് ഇസുതാക്കിന്റെ ചോരയല്ല വേണ്ടത് എനിക്ക് നിന്റെ ഹൃദയമാണ് വേണ്ടത് എനിക്ക് ചോര വേണ്ട അതെ അതാണ് അബ്രഹാമത് അബ്രാഹാമെ നിന്റെ മകനായ ചോരയല്ല എനിക്ക് എനിക്ക് വേണ്ടത് നിന്റെ ഹൃദയമാണ് സഹോദര നിന്റെ കുഞ്ഞിന്റെ ആത്മാവല്ല നിന്റെ യപുനപ്രായത്തിൽ നിന്റെ ആത്മാവിനെ യേശുക്രിസ്തുവിനെ സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ അതിനേക്കാൾ വലിയൊരു യാഗമില്ല ദൈവം മനസ്സിലാക്കി കൊടുത്തുലാക്കിന്റെ ചോര ഇവിടെ വീണാൽ അതുകൊണ്ട് ഒരു പ്രത്യേക ഗുണവും കിട്ടാനില്ല യാതൊരു നന്മയും വരാനില്ല ഇസ്വാക്കിന്റെ ജോരയോടെ വീണാൽ ഒരു നന്മയും വരാനുണ്ടായിരുന്നില്ല എന്നാൽ ഇസ്തുവാക്കിന്റെ ജോലയല്ല ദൈവത്തിന് വേണ്ടിയിരുന്നത് ദൈവത്തിന് വേണ്ടിയിരുന്നത് അബ്രാഹാമിന്റെ ഹൃദയമായിരുന്നു എന്റെ ദൈവത്തിന്റെ നാമം മഹിതപ്പെടുമാരാകട്ടെ ദൈവനാമം മഹിതപ്പെടുമാരാകട്ടെ ഈ ലോകത്തിൽ ഇന്നുവരെയും വീണ സകല ചോരയും പിശാജു വീഴ്ത്തിയ ചോരയാണ് എത്തുമാത്രം ചോര കൂടിക്കണക്കിനോ അതില അതിന്റെ അളവക്രയായാലും ഈ ലോകത്തിൽ വീണ സകല മനുഷ്യരുടെയും അദാമിന്റെ കാലം മുതൽ ഈ പത്തൊന്നൂറ്റാണ്ടുവരെ വീണതായ സകല ചോരയും പ്രയോജനമില്ലാത്ത ജോരകളായിരുന്നു അത് മുഴുവനും പിശാജൊരുക്കിയ ജോരയായിരുന്നു പിശാജ് വീഴ്ച ജോരയായിരുന്നു എന്നാൽ ഒരേ ഒരേ ഒരുവന്റെ രക്തം മാത്രമേ ദൈവം നമ്പ്രാനൊഴുക്കിയതായ ഒരേ രക്തം മാത്രമേ ഉള്ളൂ അത് യേശുവിന്റെ വിലയേറിയ രക്തമാണ് തന്റെ പുത്രനായ യേശുവിന്റെ വിലയേറിയ രക്തമാണ് ഈ ലോകത്തിൽ വീണതായ പ്രയോജനമുള്ളതായ ഒരേ ഒരു രക്തം ആ രക്തവിത മുകളിൽ വീണതായ രക്തം മഴ പെയ്യുമ്പോൾ താഴ്വരയിലേക്ക് കർത്താവിന്റെ വിലയേറിയ രക്തം ഇപ്പോൾ ഇതാ ഈ പന്തലിലൂടെ നിങ്ങളുടെ അരികിലേക്ക് എന്റെ അരികത്തേക്ക് രോഗിയുടെ അരികിലേക്ക് തകർന്നവരുടെ അടുക്കിലേക്ക് ആ രക്തവിധ ഒഴുകി വരികയാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് ധ്യാനിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ കർത്താവെ പ്രയോജനമുള്ളതായ ഒരേ ഒരു രക്തം മാത്രമേ ഉള്ളൂ അതേ ശിവന്റെ വിലയേറിയ രക്തമാണ് ആ രക്തവിധ ഒഴുകി ഒഴുകി വന്ന് സഹോദരങ്ങളെ നിങ്ങളുടെ പതിഞ്ഞുകൊണ്ടിരിക്കുക നിന്നെ വിടിവിക്കാൻ നിന്നെ രക്ഷിക്കാൻ നിന്നെ സഹായിക്കാൻ നിന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി ആ രക്തം ഒഴുകി വീണുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് ചേർന്ന് പാടാം ശത്രുവാമെന്നെ പുത്രനാക്കിയ ദൈവത്തിന്റെ സ്നേഹം അതിനുവേണ്ടി പുത്രനെ തകർത്തതായ ദൈവത്തിന്റെ സ്നേഹം പാട്ടുകാരൊന്ന് പാടട്ടെ നമുക്കൊന്ന് കേൾക്കാവല്ലോ കൈകളടിച്ച് നിങ്ങളും അതിലൊന്ന് ചേരുക ഞാൻ ശത്രുവായിരുന്നു എന്നാൽ ശത്രുവാം എന്നെ പ്രിയപ്പെട്ടവരെ അവന്റെ പുത്രനാക്കുവാൻ പുത്രനെ കുരിശിലർപ്പിച്ചതായ ദൈവത്തിന്റെ സ്നേഹം പാട്ടുകാർ പാടട്ടെ നമുക്കൊന്ന് കേൾക്കാവല്ലോ പ്രിയപ്പെട്ടവരെ ശത്രു പുത്രീഷി ഗൽപ്പിച്ചു ശത്രുവാ പുത്രുവാ പുത്രീഷി ഗൽപ്പിച്ചു പുത്ര ത്വം നൽകേവാ യത്ര സൗഭാഗ്യം സ്ത്രോത്രീതം പാടി സ്തുച്ചു പുത്രം നൽകൗ്യം അടുത്തവര് പാട്ടിനും പറയട്ടെ കെട്ടുതാലിയുള്ള സ്ത്രീകൾ ധാരാളം പെരുവിടിയ കെട്ടുതാലിയുണ്ട് പക്ഷേ ഈ കെട്ടുതാലി നീ നിന്റെ ഭർത്താവുമായുള്ള ബന്ധം നല്ല ബന്ധമാണെന്നർത്ഥമാണോ ഭർത്താവ് തന്ന കെട്ടുമാലിയാ ഭർത്താവ് കെട്ടിയ കെട്ടുതാലിയാ അത് കഴുത്തിൽ അറിഞ്ഞിരിക്കുന്നതായ സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ അത് കഴുത്തിലുള്ളപ്പോൾ തന്നെ നീ നിന്റെ ഭർത്താവുമായുള്ള ബന്ധം ശരിയാണോ പ്രിയപ്പെട്ടവരെ അത് സമാധാനമുള്ളതാണോ സ്നേഹമുള്ളതാണോ കെട്ടിതാലി ആകെ യുവാഹിതെന്നുള്ളതിന്റെ അടയാളം എന്നുള്ളതല്ലാതെ അതിനപ്പുറം യാതൊരു അടയാളമില്ലാത്തതുപോലെ ഇന്ന് ക്രിസ്ത്യാനിയും ക്രിസ്തുവുമായി ബന്ധമില്ലാത്ത അവസ്ഥയിലാണ് ഭർത്താവേശുസ്തു ക്രിസ്ത്യാനിയും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത അവസ്ഥയിലാണ് അത് മാറ്റാൻ വേണ്ടിയാണ് ഈ പന്തൽ ഒരുക്കിയിരിക്കുന്നത് ഇത്രമാത്രം എതിർപ്പിന്റെയും പാപത്തിന്റെയും പാരമ്പര്യത്തിന്റെയും കപടഭക്തിയുടെയും എല്ലാം എതിർപ്പിന്റെ നടുവിൽ എല്ലാ വർഷവും ഈ പന്തലോടെ വരാറുണ്ട് ഈ വർഷവും ഈ കോളേജിന്റെ അധികൃതർ സമ്മതിച്ചനുസരിച്ച് ഈ പന്തലൂടെ ഉയർത്തി അവർ ചെയ്ത നന്മയ്ക്ക് ദൈവം അത് മറന്നുകളായി വേണ്ടക്കവണ്ണം അനീതിയുള്ളവനല്ല പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഈ എതിർപ്പുകളുടെ മധ്യത്തിൽ ഈ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഈ പന്തൽ ഉയർത്തിയപ്പോൾ അനേകർ രക്ഷപ്പെട്ടത് അനേക രോഗികൾ സൌഖ്യമായത് അനേകൃതയും കഴുകപ്പെട്ടത് അനേകർക്ക് മനസ്വാതം കിട്ടിയത് അനേകരുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയത് ഞങ്ങൾ നല്ലതെന്നവണ് ഈ പ്രതികൂലങ്ങളും ഈ സാഠ്യങ്ങളും എല്ലാം സഹിച്ചുകൊണ്ട് ഈ തലമുറയിലും ഈ വർഷവും ഈ കൺവെൻഷൻ പന്തൽ ഞങ്ങളോട് ഉയർത്തി കാട്ടിയിരിക്കുകയാണ് ആത്മീയ നേതാക്കന്മാർ പലരുമുണ്ട് പക്ഷേ ഒരു ക്രിസ്തീയ ജീവിതം തിരഞ്ഞെടുക്കാൻ അവർ പലരും തയ്യാറാകുന്നില്ല ആത്മീയ നേതാക്കന്മാരുണ്ട് എന്നാൽ ഒരു ക്രിസ്തീയ അവർ പലരും തയ്യാറാകുന്നില്ല ആത്മീയ നേതാക്കന്മാർ മാത്രമല്ല സൗഖ്യം കിട്ടിയ രോഗി തയ്യാറാകുന്നില്ല പത്തിനി മനുഷ്യൻ തയ്യാറാകുന്നില്ല ജോലി കിട്ടിയ യുവാവ് തയ്യാറാകുന്നില്ല ലോകം നടന്ന് കിട്ടിയ ഭാര്യ തയ്യാറാകുന്നില്ല ദൈവത്തെ വെളിച്ചപേക്ഷിച്ച് അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും നേടിയെടുത്തതായ അനേകർ അനേകർ വിയപ്പെട്ടവരെ ഒരു ക്രിസ്തീയ ജീവിതം ഏറ്റെടുക്കാൻ യ്യാറാകുന്നില്ല കഴിഞ്ഞ വർഷങ്ങൾ തയ്യാറായിട്ടില്ല എന്നാൽ ഇപ്പോൾ ജീവനുള്ള ദൈവം എപ്പോഴോട് മിളിച്ചു വച്ചിരിക്കുകയാണ് വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ പരിജ്ഞാനത്തിന്റെ മഹത്വം ഇതാ ഈ പന്തലിൽ നിറഞ്ഞിരിക്കുന്നതായ ഈ പന്തൽ എങ്ങോളം എങ്ങോളം ഒരു ക്രിസ്തീയ ജീവിതം ജീവിതത്തിന്റെ അടിസ്ഥാനമായി ജീവിതത്തിന്റെ മാർഗമായി അതെ ഒരു ക്രിസ്തീയ ജീവിതം ഞാൻ ഇത് തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നവരായി ആരി അപ്പുറങ്ങും ചാലത്ത് വിരിക്കുന്നവരായി ഇരിക്കുന്നുണ്ട് ദൈവത്തിന്റെ മഹത്വം ഈ പന്തലിൽ ഇതാ കാണപ്പെടുകയാണ് അതേ കർത്താവെ ഞാൻ തിരഞ്ഞെടുക്കുകയാണ് വെല്ലുവിളികളുള്ളതായ പോരാട്ടമുള്ളതായ ഒരു ക്രിസ്തീയ ജീവിതം നീ എന്നെ സൗഖ്യമാക്കിയ രോഗിയാണ് നീ എന്നെ കട്ടിലിൽ കിടത്തി ഉറക്കിയവനാണ് നീ എന്നെ ചെറ്റപ്പുറയിൽ നിന്ന് ചോരാത്തുപുറയിലേക്ക് മാറ്റിയവനാണ് നീ എന്നെ ഭാര്യയോട് വണങ്ങി അതിനു പകരം എന്നെ ഭാര്യയോടുകൂടി ഉറങ്ങുമാറാക്കിയവനാണ് നീ എനിക്ക് തന്നവനാണ് എനിക്ക് വീണ്ടും നീ എന്റെ പേര് പുസ്തകത്തിൽ എഴുതിയതാണ് ആ നല്ലവനാ യേശുവിന്റെ നേരെ കൈയ്യർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ ഇതെല്ലാം എനിക്ക് തന്നവനാ യേശുവേ ഞാനിതാ വെല്ലുവിളികൾ ഉള്ളതായ പോരാട്ടമുള്ളതായ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ പാത ഞാനിത്യാണ് എന്നെ യാണ് ഇത് നാലാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാവോ വേറെ നോക്കിയാൽ കാണാം നാലാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത സൂര്യനുണ്ടായ ദിവസമാണ് എന്ത് ദിവസമാണ് സൂര്യൻ ഉണ്ടായ ദിവസമാണ് അതുപോലെ തന്നെ ചന്ദ്രനുണ്ടായ ദിവസമാണ് അതുപോലെ തന്നെ നക്ഷത്രങ്ങളുണ്ടായ ദിവസമാണ് ഹലേ ലൂയ്യ പ്രാർത്ഥിക്കുകയാണ് ഡെയ്മക്കളും പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അനേകരെ നീതിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പലരെ നീതിയിലേക്ക് ധരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുവാൻഡൊക്കെ വണ്ണം കർത്താവേ ഈ നാലാമത്തെ ദിവസം ഈ നാലാം ദിവസം കർത്താവെ തിരുവചനത്തിന്റെ വേദപുസ്തകത്തിന്റെ ഒന്നാമത്തെ പരിധിയിൽ ഞങ്ങൾ വായിക്കുന്നു നീ നാലാം ദിവസം സൂര്യനെ ഉണ്ടാക്കി നക്ഷത്രങ്ങളെ ഉണ്ടാക്കി ചന്ദ്രനെ ഉണ്ടാക്കിയെങ്കിൽ ഈ കൺവെൻഷൻ്റെ രണ്ടായിരത്തിഒമ്പതാം ആണ്ടിലെ കൺവെൻഷന്റെ ഈ നാലാം ദിവസം ഈ നാലാം ദിവസം ഇന്ന് രാത്രി കർത്താവേ നീ സൂര്യന്മാരെ ഉണ്ടാക്കണമേ വെളിച്ചമുള്ള സൂര്യന്മാരെ അനേകര നീതിയുള്ളവരായ അനേകരീതി സുവിശേഷം അറിയിക്കുന്ന ദൈവത്തിന്റെ വേലിയ മനസ്സുള്ളതായ നക്ഷത്രങ്ങൾ ഉണ്ടാക്കണമേ ഇരുളം തമ്മിൽ അനേക ദൈവത്തിന്റെ വേദക്ക് വേണ്ടി വേർതിരിയുന്നതായ ഒരു അനുഗ്രഹത്തിന്റെ ദിവസമായി മാറട്ടെ നമുക്ക് പാടാം എന്നെ മിത്രണമാക്കിയ ദൈവം പ്രിയപ്പെട്ടവരെ അത് മാറാതിരിക്കാൻ നമ്മളെ കാരണം യേശു നമ്മളെ ക്ഷത്രന്റെ പുത്രനെ നമ്മളെ വേണ്ടിയെടുത്തിരിക്കുകയാണ് നമുക്ക് ചേർന്നൊന്ന് പാടാം പാട്ടുകാരു പാടും നമുക്ക് ചേർന്ന് പാടാം ശത്രുവാനെ പുത്രനക്കൂത്രനെ കുരി ശത്രുവാനങ്ങ പുത്രനെ കുരിശി ലഭിച്ചു പുത്രത്വം നൽകി ഭാ േഖനം രണ്ടാമധ്യായം മൂന്നും നാലും വാക്യം നമുക്ക് വായിച്ചു നോക്കാം അഭിപ്രായലേഖനം രണ്ടാമധ്യായം മൂന്നും നാലും വാക്യം വായിക്കാം എങ്കിൽ കർത്താവ് ദാൻ പറഞ്ഞു തുടങ്ങിയതും കർത്താവ് ദാൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷനാം ഗണ്യമാക്കാതെ പോയാലെങ്ങനെ തെറ്റി ഒഴിയും എങ്ങനെ തെറ്റി വീത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ വായാൽ രക്ഷിക്കപ്പെടാതെ ജീവിച്ചാൽ മനസ് തോന്നപ്പെടാതെ ജീവിച്ചാൽ വീണ്ടും നിന്നില്ലാതെ ജീവിച്ചാൽ പാപം ഉപേക്ഷിക്കുക ജീവിച്ചാൽ ഈ ദൈവാത്മാവിനെ അനുസൃക്ക ജീവിച്ചാൽ ദൈവത്തിന്റെ വചനം വായിക്കാ ജീവിച്ചാൽ ഇത്ര വലിയ രക്ഷ അതിനെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തട്ടി ഒഴിയും നമ്മുടെ കർത്താവ് ചോദിച്ചു നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിവാകും പാമ്പുകള് സർപ്പസന്തതികള് നിങ്ങൾ എങ്ങനെ നരകവിതയിൽ നിന്ന് ഒഴിവാകുമെന്ന കർത്താവ് ചോദിച്ചു അപ്പോ ചോദിക്കുന്നു നിങ്ങൾ എങ്ങനെ ഒഴിവാകും എങ്ങനെ ഒഴിവാകും സഹോദര എങ്ങനെ ഒഴിവാകും സഹോദരി നിന്റെ പണം കൊണ്ടോ നിന്റെ നേർച്ചകൊണ്ടോ നിന്റെ വഴിപാട് കൊണ്ടോ പള്ളിയിലെ സ്ഥാനം കൊണ്ടോ സമൂഹത്തിലെ പദവി കണ്ടോ നിനക്ക് ഈ നരകവിധി ഒഴിവാകാൻ സാധിക്കുമോ സാധിക്കുമായിരുന്നെങ്കിൽ എന്റെ കർത്താവ് ചോദിക്കുകയില്ലായിരുന്നു ദേവാലയം ഉള്ളത് കൊണ്ട് നരകവിധി ഒഴിവാകുമായിരുന്നെങ്കിൽ ഏഴുശിലെ ദേവാലയമുള്ള ഏഴുശിലെ വിളിച്ചെന്നുകൊണ്ട് എന്റെ കർത്താവ് ചോദിക്കുകയില്ലായിരുന്നു മഹാപുരുള്ളത് കൊണ്ട് അവിടെ യാഗം നടക്കുന്നത് കൊണ്ട് നരകം ഒഴിവാകുമായിരുന്നെങ്കിൽ ആർത്താവ് ചോദിക്കില്ലായിരുന്നു എങ്ങനെ ഒഴിവാകുമെന്ന് എന്നാൽ എന്റെ കർത്താവ് വിളിച്ച് ചോദിച്ചു എങ്ങനെ നരകവിധി ഒഴിവാകും ഹൃദയത്തോട് ചോദിക്കണം അവനുവിന്റെ ഉള്ളത്തോട് ചോദിക്കണം കർത്താവെ ഇങ്ങനെ പോയാൽ ഞാനെങ്ങനെ നരകവിധി ഒഴിവാകും ഇങ്ങനെ പോയാൽ ഞാനെങ്ങനെ നരകത്തിന്റെ ഭയാനകമായ അവസ്ഥയിൽ നിന്ന് എനിക്ക് ഒഴിവാകാൻ സാധിക്കും ശരിയായ തീരുമാനങ്ങൾ എടുക്കണം തെറ്റായ തീരുമാനങ്ങൾ അനേകരെ നശിപ്പിക്കുന്നു നമുക്ക് ഉൽപ്പത്തി പുസ്തകം എട്ടാമധ്യായം ഒമ്പതാമത്തെ വാക്യം വായിക്കാം ഉൽപ്പത്തി പുസ്തകം എട്ടാമധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യം എന്നാൽ സർവഭൂമിയിലും വെള്ളം കിടക്കുകൊണ്ട് പ്രാവ് കാൽവെപ്പാൻ സ്ഥലം കാണാതെ പുറപ്പാട് പുസ്തകം എട്ടാമതിയായി ഒമ്പതാമത്തെ വാക്യം മോശേ ഫറവോനോട് തവള നിന്നെയും നിന്റെ ഗ്രഹങ്ങളെയും വിട്ടുനീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിന്റെ ഭൃത്യന്മാർക്കും നിന്റെ ജനത്തിനും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് സമയം നിശ്ചയിച്ചാലും എന്ന് പറഞ്ഞു നാളെ എന്ന് അവൻ പറഞ്ഞു നിങ്ങൾക്കറിയാവോ ഫറവോൻ അവന്റെ അപ്പൻറെ അപ്പന്റെ അപ്പന്റെ അപ്പൻ അവന് മുമ്പുള്ളതായൊരു ഫറവൻ മുസ്ലീമിലെ ഒരു ഫറവൻ രാജാവായിരുന്നു അവനൊരു സിറു സ്വപ്നം കണ്ടു അവന്റെ ദേശത്ത് മാംസപുഷ്ടിയും രൂപ ഏഴ് പശുക്കൾ ഞാങ്ങിടയിൽ വീഴ്ചുകൊണ്ടിരിക്കുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചതും അവശ്യവുമായ ഏഴ് പശുക്കൾ വന്നു ഈ മേഞ്ഞുകൊണ്ടിരുന്നതായി പുഷ്ടിയുള്ള ഈ പശുക്കളെ തിന്നുകളഞ്ഞു അതുപോലെ തന്നെ നെൽക്കതിര് കണ്ടു നല്ല കതിരിനെ ഉണങ്ങിയ കതിരുകൾ തിന്നുകളു അവന്റെ രാജ്യത്തിന്റെ അവസ്ഥ ദൈവത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ആ രാജ്യത്തിന്റെ അവസ്ഥ വരാൻ പോകുന്ന അവസ്ഥ ആ രാജ്യത്തിന് അവന്റെ കുടുംബത്തിന് വരാൻ പോകുന്ന അവസ്ഥ ഫറവ രാജാവിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു നിന്റെ കുടുംബം അസ്തമിക്കാൻ പോവുകയാണ് അത് ഉണങ്ങാൻ പോവുകയാണ് അതിനിന്നുള്ളതായ പുഷ്ടിയും സമൃദ്ധിയും സമ്പത്തുമെല്ലാം അസ്തമിക്കാൻ പോകുകയാണ് അതേറെ കാലമില്ലായെന്ന് ദൈവം എന്ന് പറയാൻ അവന് സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്തു പരിഭ്രമിച്ചു പോയ ആ പുറവെന്ന് എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചപ്പോൾ ദൈവം ഒരു പോക്കോഴി ഉണ്ടാക്കി കൊടുത്തു ദൈവാത്മാവുള്ളതായ ഒരു പുരുഷൻ ആ ദേശത്തുണ്ടായിരുന്നു ആ ദൈവാത്മാവുള്ള പുരുഷനെ വിളിച്ചു ആ പുരുഷൻ അവൻ ആലോചന പറഞ്ഞു കൊടുത്തു അങ്ങനെ ഫറവന്റെ കുടുംബം യൗസേപ്പ് കൊടുത്തതായ ആലോചന പ്രവർത്തിച്ചു അനുസരിച്ചു അങ്ങനെ ആ ഫറവന്റെ രാജവംശം നിലനിന്നു ആ ഭവനത്തിലെ ഇപ്പോഴത്തെ കണ്ണിയാണ് ഫറവോ അവൻ ദൈവത്തോട് മത്സരിക്കുകയാണ് അവന്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുന്നതിനു വേണ്ടി ദൈവമോശമോ കാന്തിരം പല പല പ്രശ്നങ്ങൾ അനുവദിക്കാൻ തുടങ്ങി അതിലൊന്നായിരുന്നു തവള ദേശത്തെമ്പാടും കൊട്ടാരത്തിലും സയനഗ്രഹത്തിലും അടുപ്പിലും അതതിശയമാണ് അടുപ്പിനകത്ത് തവള അടുപ്പിനകത്ത് സയനഗ്രഹത്തിൽ ഊണ്മേശയിൽ അവനുള്ളതിലൊക്കെയും അവന്റെ ഭാര്യയുടെ മേല് അവന്റെ മക്കളുടെ മേലെ അവന്റെ ദാസന്മാരുടെ മേല് ദാസിമാരുടെ മേല് എല്ലാം തവള മുഴുവനും തവള ആകെ തവള പ്രിയപ്പെട്ടവരെ എല്ലാം തവള നിറഞ്ഞിരിക്കുകയാണ് മിസ്സിസ് വറവോ പറഞ്ഞു വിട്ട് കാണും എങ്ങനെയെങ്കിലും ഇന്ന് ഒഴിവാക്കണമെന്ന് കാരണം അതിലെ വിഷമിക്കണത് അടുക്കളയ്ക്കകത്ത് എല്ലാം വരുവെക്കാൻ പറ്റും അടുപ്പിനകത്ത് തവള എടുപ്പം കുറിയും തവള മിസിസ് വറവോ പറഞ്ഞു വിട്ട് കാണും എന്ത് കാണിച്ചായാലും വീണ്ടുവില്ലായി തവളു മാറ്റണമെന്ന് പ്രിയപ്പെട്ടവരെ പക്ഷേ മഹാശ അവരോട് ഞാൻ ചോദിച്ചു ഇത് മാറിപ്പോകണമെങ്കിൽ പ്രാർത്ഥിക്കണം എപ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് അവൻ പറഞ്ഞു നാളെ വൺ മോർ ഡേ വിത്ത് ഫ്രോഗ് ഒരു ദിവസം കൂടെ എനിക്ക് തവളയുടെ കൂടെ ഒന്ന് കഴിയണം ഒരു ദിവസം കൂടെ എനിക്ക് തവളയുടെ കൂടെ ജീവിക്കണം പ്രിയപ്പെട്ടവരെ ഇവിടെ ഇരിക്കുന്ന അനേകർ പറയുന്ന വാക്കാണത് കർത്താവ് എനിക്ക് ഒരു ദിവസം കൂടെ ഈ തവളയുടെ കൂടെ ഈ മദ്യം കൂടെ ഈ വേണ്ടാദീൻ കൂടെ ഈ അശ്വതി കൂടെ ഈ വഴക്കൻ കൂടെ ഈ ബ്ലൂവിൽ കൂടെ കർത്താവെ എനിക്ക് ഒരു ദിവസം കൂടെ ഈ തവളയുടെ കൂടെ ഒന്ന് കഴിയണം അവന്റെ ഒരു ആഗ്രഹമാണത് പ്രിയപ്പെട്ടവരെ അവൻ ദൈവത്തോട് മത്സരിക്കുകയാണ് അവന്റെ കുടുംബത്തിന്റെ പാശ്ചാത്തലവൻ അറിയാം അവന്റെ തലമുറ അന്യൻ നിന്ന് പോകേണ്ടതായിരുന്നു എന്നാൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് അവന്റെ കുടുംബൻ നിലനിന്നത് ആ ജീവനുള്ള ദൈവം അവന് മുമ്പിൽ ഇറങ്ങിവന്ന് അവനോട് ചോദിക്കുകയാണ് ഫറോ ഇത് മാറിപ്പോകണ്ടേ നിനക്ക് സമാധാനത്തോടൊന്നും ഇറങ്ങണ്ടേ സമാധാനത്തോടെ കഴിയണ്ടേ സമാധാനത്തോടെ ജീവിക്കണ്ടേ ഇത് ഞാൻ പ്രാർത്ഥിച്ചാൽ മാറിപ്പോകുമെന്ന് ദൈവം വേറൊരു ദൈവുരുഷൻ അവന് മുമ്പിലേക്ക് അയച്ചു ആ ദൈവപുരുഷൻ എളിമയോട് വന്ന് ചോദിച്ചു ഇത് പ്രാർത്ഥിച്ചാൽ മാറും നീക്കൊന്ന് വിനയപ്പെട്ടാൽ ഇത് മാറും ഞാൻ എന്നാ പ്രാർത്ഥിക്കേണ്ടത് അഹങ്കാരത്തിന്റെ വാക്കു വന്നു നാളെ ടൂമാറോ എനിക്ക് നാളെ മാറിയാ മതി നീ ആരാ എന്നോട് ചോദിക്കാൻ ഞാനിപ്പോൾ ഇസ്രൈമിലെ പറവാനാണ് എന്നോട് ചോദിക്കാൻ നീ നാളെ മാറിയാ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ അഹങ്കാരത്തിലേക്ക് പോകുന്നു തെറ്റായി ആത്മീയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അവനെ രക്ഷിച്ച ദൈവത്തെ മറന്നുകൊണ്ട് കുടുംബത്തിന്റെ പശ്ചാത്തലം മറന്നുകൊണ്ട് ആ കുടുംബം എങ്ങനെ നിലനിന്നു അവന്റെ ഭാവി എങ്ങനെയുണ്ടായി എങ്ങനെ വീടുണ്ടായി എങ്ങനെ സൗഖ്യമുണ്ടായി എങ്ങനെ മക്കളുണ്ടായി എങ്ങനെ ആരോഗ്യമുണ്ടായി എങ്ങനെ ഇത്രത്തോളം എത്തി എന്നുള്ളത് മറന്നു ദൈവത്തെ ചോദ്യം ചെയ്ത് സുവിശേഷ ചവിട്ടിക്കൊണ്ട് കളിക്കുന്ന സഹോദര നീ മറ്റൊരു ഫലവാനാണ് ജീവനുള്ള ദൈവം മനുഷ്യ സാധാരണ പറയാറൊരു വാക്കുണ്ട് മനുഷ്യൻ സ്വതവേ നല്ലവനാ സാഹചര്യ ചീത്തയാക്കണേന്ന് സാഹചര്യമാണ് മനുഷ്യനെ ചീത്തയാക്കുന്നതെന്ന് എറമയാ പ്രയോജനം പതിനേഴാം മധ്യായ ഒമ്പതാമത്തെ വാക്യം വായിക്കും വായിക്കണവരെന്ന് എടുത്തുവയ്ക്കട്ടെ ഞാൻ ചോദിക്കുന്ന ഉത്തരത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞ് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി സ്വതവേ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമാ മനുഷ്യൻ സ്വതവേ നല്ലവനാ പിന്നെയോ സാഹചര്യമാ ചീത്തയാക്കണെന്ന് നിങ്ങളുടെ അഭിപ്രായം അതാണോ ശരി സ്വതവേ നല്ലവനാ പിന്നെയോ സാഹചര്യമാ ചീത്തയാക്കണെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താ അതങ്ങനെയാണെന്നും നമുക്ക് ദൈവത്തിന്റെ വചനം വായിച്ച് കേൾക്കാം എരമിയ പതിനേഴാം അധ്യായം ഒമ്പതാമത്തെ വാക്യം ഹൃദയം ചീത്തയാണ് സ്വതവേ നല്ലവനല്ല ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളത് അതാരനറിയുന്നവനാർ സാഹചര്യമല്ലേ what the world inside എന്ന് പറയുന്ന പോലെ ഇതിറ്റി വാടു වල ലോകമല്ല നിന്നെ ചിതയാക്കുന്നത് നിന്റെ അകത്തുള്ള ലോകമാണ് നിന്നെ ചിതയാക്കുന്നത് നിന്റെ അകത്തുള്ള ആസക്തിയാണ് നിന്നെ ചിതയാക്കുന്നത് നിന്റെ അകത്തുള്ള മത്സരമാണ് നിന്നെ ചിതയാക്കുന്നത് നീ ദൈവത്തോട് ആരാണെന്ന് ചോദിക്കുന്ന മനുഷ്യൻ ഇബ്രഹാം എങ്ങന ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിൽ when i left springfields അദ്ദേഹത്തിന്റെ ജന്മനാടാണ് springfields when i left springfield, springfield I was not a Christian, my destiny was also changed. I am not a Christian, but my destiny was changed. That is why my mother had died. If I was a Christian, my destiny was changed. Why? In the Arab escuchar, where I was the king, the man after listening, and been Abroad for the son. അബ്രാഹിം ലിംഗൻ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഐ കോൺസുക്രേറ്റ് മൈ സെൽഫ് ഞാൻ എന്നെ തന്നെ വിശദീകരിച്ചുകൊണ്ട് എന്റെ കർത്താവിനെ എന്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുകയാണ് ഞാൻ ഇന്നു മുതലേ ശിവനെ സ്വീകരിക്കുന്ന ഒരു മനുഷ്യനായി മാറുമെന്ന് അബ്രാഹാം ലിംഗൻ തീരുമാനിച്ചു കാരണം ജീവിതത്തിൽ നടന്നിരിക്കുന്നതായ വലിയ അനർത്ഥം കണ്ടപ്പോൾ വലിയ അനർത്ഥം കണ്ടപ്പോൾ അബ്രാഹാം ലിംഗൻ പറഞ്ഞു ഞാൻ വെറും ക്രിസ്ത്യാനിയാകാൻ വേണ്ടി മാത്രമല്ല ഐ കോൺസുക്രേറ്റ് മൈ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ തീരുമാനിക്കുകയാണ് ഇന്ന് ആരുണ്ട് തീരുമാനിക്കുന്നവരായി കർത്താവെ വിശുദ്ധി ഞാൻ തിരഞ്ഞെടുക്കുക കോൺസിക്രേഷന്റെ വഴി ശുദ്ധീകരണത്തിന്റെ പാത കർത്താവേ ഞാൻ തിരഞ്ഞെടുക്കുകയാണ് കാരണം ഞാൻ എന്റെ മുമ്പിൽ ആത്മാവിന്റെ ദൃഷ്ടിയിൽ ഞാൻ എന്റെ മുമ്പിൽ അനർത്ഥങ്ങൾ കാണുകയാണ് ഒരു വശത്തായിരവും ഒരു വശത്ത് പതിനായിരം പേര് വീഴുമ്പോൾ നീ തിരഞ്ഞെടുപ്പിന്റെ സമയമാണ് നിന്റെ മുമ്പിൽ ഇന്ന് രാത്രി തിരഞ്ഞെടുക്കുന്നുണ്ട് കർത്താവെ ഞാൻ ഇന്ന് മുതൽ വിശുദ്ധി തിരഞ്ഞെടുക്കുകയാണ് വിശുദ്ധിയുടെ ഭാഗം തിരഞ്ഞെടുക്കുകയാണ് ദൈവം നിന്റെ ഹൃദയത്തെ തുളയ്ക്കുന്ന രാത്രിയാണ് ദൈവം നിന്റെ ഹൃദയത്തെ തുളച്ചുകൊണ്ട് വധിക്കുകയാണ് അങ്ങനെ ഇനിയും മത്സരമായി കഴിയണമോ ഭാര്യയെ വേദനിപ്പിക്കുന്ന ഭരവാനേ മക്കളെ വേദനിപ്പിക്കുന്ന ഭരവാനേ ചുറ്റുപാടുമുള്ളതായ ഭരവാനേ ഇന്ന് രാത്രി ഭാര്യയെ വേദനിപ്പിച്ച് മക്കളെ വേദനിപ്പിച്ച് ദൈവത്തോട് മത്സരിച്ചു കഴിയുന്നതായ സമൂഹത്തോട് ദൈവം വിളിച്ചു ഒതുക്കുകയാണ് ആരുണ്ട് ഇന്ന് രാത്രി മരം കൊണ്ട് ഇരുമ്പ് തുളകിയല ഇരുമ്പ് തുളയ്ക്കുന്നത് കൊണ്ട് പാറ തുളകിയല്ല ഇരുമ്പും വസ്തു കൊണ്ട് മനുഷ്യന്റെ ഹൃദയം തുളകിയല്ല എന്നാൽ ഹൃദയം തുളയുന്ന ഒരു ഉപകരണമുണ്ട് ഹൃദയം തുളയുന്ന ഒരു ഉപകരണം ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ ഉപകരണം നിങ്ങളുടെ അനേകരുടെ കയ്യിലുണ്ട് ഇപ്പോൾ ആ ഉപകരണം നിങ്ങളുടെ ചെവിയിൽ വരുന്നുണ്ട് അതെന്റെ കർത്താവിന്റെ വചനമാണ് അത് പാറയെ പിളർക്കുന്നതാണ് മനുഷ്യ സഹോദര അത് നിന്റെ പാറയെ പിളർക്കുകയാണ് നിന്റെ ഹൃദയത്തെ തുളയ്ക്കുന്നതായ ദൈവത്തിന്റെ വചനമാണ് നീ ദൈവത്തോട് മത്സരിക്കല്ലേ അവന്റെ അപ്പനെ ദൈവാത്മാവുള്ള പുരുഷനെന്ന് കുറിച്ച് പറഞ്ഞെങ്കിൽ ഇന്നത്തെ ഭരവാൻ ഇതാ മോശയെ കുറിച്ച് പറയുകയാണ് നീ ആരാണ് ചോദിക്കുമ്പോ ദൈവതലേ നിന്നീ ആയുസന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവമാശിയോട് പറഞ്ഞതാ എനിക്കത് നിങ്ങളോടോ എന്നോടോ പറയാൻ സാധ്യതയില്ല മരണത്തിനരികത്താണോ ഞാൻ നിൽക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ മരണത്തിനരികത്താണോ നിങ്ങളത് കേൾക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഫറവൻ മത്സരിച്ചപ്പോൾ അവന്റെ ആയുസിന്റെ നീളം കുറയുകയായിരുന്നു എനിക്ക് മുമ്പിലും പുറയിൽ പിരിക്കുന്നതായ സഹോദരന്മാരോട് രാത്രി നീ മത്സരിക്കരുത് നീ ഒരു മറ്റൊരു ഫറവൻ ആയിക്കൊണ്ട് ഇവിടെ നിറങ്ങി പോകാൻ ഇടവരെ തീർത്താവേ ഞാനീതാ കീഴടങ്ങുന്നു നീ പറയണം കൃതാവേ ഞാനിതാ കീഴടങ്ങുകയാണ് ഞാൻ മത്സരിക്കാനില്ല ആരാണ് നിന്റെ ദൈവം അവന്റെ ദൈവം ആരാണ് അവന്റെ ദൈവം അവന്റെ ശക്തിയാണ് ദൈവത്തിന്റെ വചനം പറയുന്നു കോരുവലക്ക് പൂജ ധൂപം കാണിക്കുന്ന ആളുകൾ ഉണ്ട് കോരുവലക്ക് ധൂപം കാണിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞല്ല എന്താ ഈ കോരുവല ഉള്ളത് കൊണ്ടാ എനിക്ക് സമ്പാദ്യം അതുകൊണ്ട് എന്റെ ദൈവം കോരുവലയാ അങ്ങനെയുള്ള ആളുകളുണ്ട് കച്ചവടമായി എന്റെ ദൈവം ബിസിനസ്സായി എന്റെ ദൈവം ജോലിയായി എന്റെ അല്ല കോരുവലയ്ക്ക് രൂപം കാണിക്കുന്ന ആളുകളെ പോലെ പ്രിയപ്പെട്ടവനെ നിന്റെ ദൈവം കച്ചവടമല്ല നിന്റെ ദൈവം കൃഷിയുമല്ല നിന്റെ ദൈവം ആരാണ് നിന്റെ ദൈവം നിന്റെ ഭർത്താവല്ല നിന്റെ ദൈവം നിന്റെ മക്കളല്ല നിന്റെ ദൈവം നിന്റെ റബ്ബർ എസ്റ്റേറ്റ് അല്ല നിന്റെ ദൈവം ആരാണ് നീ കോരുവലയ്ക്ക് തുമ്പം കാണിച്ചുകൊണ്ട് ദൈവത്തിന്റെ വേലയെ മറന്നു പോകല്ലേ ദൈവത്തെ മറന്നു പോകാൻ നിന്നെ കിടവരല്ലേ നിന രക്ഷിച്ച് മുന്നോട്ടുന്നതായ കറികത്താവായ തലകളെ കൊണ്ട് നീ പറ ഞാനിതാ മത്സരിക്കാനില്ല ചോദ്യം ചെയ്യാനില്ല വചനത്തിന് മുമ്പാകെ ഞാനിതാ എന്നെ തന്നെ അടിയറവ് അഞ്ചാമധ്യായം ഒന്നുമുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള ചില വാക്യങ്ങൾ വായിക്കാം അഞ്ചാമത്തെ വാക്യം വരെ ബേൽശെസർ രാജാവ് തന്റെ മഹത്തുക്കളിൽ ആയിരം പേർക്ക് ഒരു വലിയ വിരുന്ന ഒരുക്കി അവർ കാണേ വീഞ്ഞു കുടിച്ചു ബേൽശെസർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തന്റെ അപ്പനായ നെബൂഖുനേസർ യെരുസലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ നിന്ന് കുടിക്കേണ്ടതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അങ്ങനെ അവർ യെരുസലേമിലെവാലയത്തിലെ ദൈവാലയത്തിന്റെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്ന് രാജാവും മഹത്തുക്കളും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 സന്ദേശം വെള്ളത് വച്ച് ചുമറിൽ എഴുതിയിരിക്കുന്നു രാജാവ് എന്തു ചെയ്യ മദ്യം കഴിക്കുക രാജാവിന്റെ ഭാര്യ എന്തു ചെയ്യ മദ്യം കഴിക്കുക കൂടെ വെപ്പാട്ടികളുണ്ട് മന്ത്രിമാരുണ്ട് വലിയ വലിയ സമൂഹം മുഴുവനുണ്ട് എല്ലാവരും കൂടെ ഇരുന്ന് സുഖമായ മദ്യപാനം ദേവാലയത്തിൽ പെൻവള്ളി പാത്രങ്ങളെപ്പോലും കൊണ്ടുവന്ന് മദ്യപാനം അവന്റെ ചരിത്രമറിയാവുന്ന രാജാവാണ് അവന്റെ അപ്പന്റെ അപ്പന്റെ ചരിത്ര അവന്റെ അപ്പന്റെ അപ്പൻ നമുക്ക് അവന് രോഗം വന്നതും രോഗസൗഖ്യം കിട്ടിയത് അവനറിയാം അവന്റെ അപ്പന്റെ അപ്പനായി ചരിത്ര ദൈവം സൗഖ്യമാക്കിയത് അവനറിയാം തലമുറ അറിയാവുന്ന മകൻ കുടുംബചരിത്രം അറിയാവുന്ന മകൻ ഇപ്പോൾ അതെല്ലാം മറന്ന് തന്റെ ഭാര്യയോടും തന്റെ പാട്ടുകളോടും കൂടെ മദ്യപിച്ച് ആരാടുന്ന മനുഷ്യൻ കുടുംബത്തിന്റെ ചരിത്രമറിയാവുന്ന മകൻ ിയപ്പെട്ടവരെ അവൻ മദ്യം കിടിച്ച് ആരാടുമ്പോൾ അവന്റെ വിധി അവിടെ എഴുതുക കൈപ്പത്തി അവിടെ എഴുതുകയാ ഇന്ന് തിരുവചനം കേൾക്കുന്ന കുടുംബത്തിന്റെ ചരിത്രം അറിയാവുന്ന മക്കളുണ്ട് സൗഖ്യം കിട്ടിയത് അവർക്കറിയാം കുഞ്ഞിന്റെ രോഗം മാറിയത് അവർക്കറിയാം എനിക്ക് പറയാൻ വാക്കുകൾ ഇല്ല കാര്യങ്ങൾ അവർക്കറിയാം ജീവനുള്ള ദൈവം ഇറങ്ങി അവർക്കറിയാം എങ്ങനെ ആരോഗ്യം എങ്ങനെ സൗഖ്യം എങ്ങനെ സമാധാനം എല്ലാവർക്കറിയാം പക്ഷേ ഇതെല്ലാം മറന്നുകൊണ്ട് അവരിന്ന് ആറാടുകയാണ് അവരിന്ന് മദ്യപാനത്തിലാണ് അശുദ്ധിയിൽ ആറാടുകയാണ് എല്ലാം മറന്നുകൊണ്ട് കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങൾ മറന്നുകൊണ്ട് ചരിത്രങ്ങൾ മറന്നുകൊണ്ട് അപ്പന്റെ കാലം മറന്ന് അമ്മയുടെ കാര്യം മറന്ന് ഭാര്യയുടെ രോഗം മറന്ന് എല്ലാം മറന്നുകൊണ്ട് അവരിന്ന് മദ്യം കഴിച്ച് ആറാടുകയാണ് അവന്റെ വിധി അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഞാനത് പറയാനല്ല രാത്രി ചിലത് സംഭവിച്ചു രാത്രി ചിലത് സംഭവിച്ചു അതിന്നും സംഭവിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ ധ്യാനിക്കുന്ന മറ്റൊന്നാണ് എഴുതിയ വര എഴുതിയ കത്ത് അവിടെയുണ്ട് എന്നാൽ എഴുതിയ കൈപ്പത്തി കാണാനില്ല എഴുതിയ കൈപ്പത്തിയില്ല അതെങ്ങോട്ട് പോയി എഴുതിയ കൈപ്പത്തി പിന്നെ രാജാവിനെ കാണാനില്ല എഴിയ കൈപ്പത്തി എങ്ങോട്ടുപോയി പ്രിയപ്പെട്ടവരെ ഞാനിങ്ങനെ ധ്യാനിച്ചു രാജാവിന്റെ കാലിന്റെ ഏപ്പെങ്ങനെ ആടിയപ്പോൾ ദൈവം നമ്പരാൻ ആകാംക്ഷയോടെ കാത്തുനിന്നു ഇപ്പോൾ അവൻ മുട്ടുമടക്കി ഇപ്പോൾ അവൻ തന്നെ മുട്ടുമടക്കി കർത്താവേ ദൈവമേ എനിക്ക് തെറ്റുപറ്റി ഞാനിതാ മദ്യക്കൂപ്പി ഉപേക്ഷിക്കുകയാണ് ഞാൻ ഈ വേണ്ടാതെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രിയപ്പെട്ടവരെ അവൻ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ അവനെ രക്ഷിക്കാൻ വേണ്ടി ആ കൈപ്പത്തി അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു ആ കൈപ്പത്തി അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു അവനനുദിക്കുന്നുവെങ്കിൽ അവനേറ്റുപറയുമെങ്കിൽ അവനെ രക്ഷിക്കാൻ ആ കൈപ്പത്തി അവിടെ മാറി നിൽക്കുകയായിരുന്നു പ്രിയ ദൈവം ഈ തിരുവചനം കേൾക്കുമ്പോൾ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ കർത്താവ് എനിക്ക് തെറ്റുപറ്റി ഞാൻ മദ്യം കഴിച്ചു ഞാൻ അരുതാത്ത ചെയ്തു അരുതാത്ത വഴിക്ക് ഞാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അനുതാപത്തോടെ മുട്ടുമുടക്കുന്നവരായി വിനയപ്പെടുന്നവരായി അനുതപിക്കുന്നവരായി ആരെങ്കിലും ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെ നൽപ്പിക്കാൻ വേണ്ടി ആ കൈപ്പത്തി പന്തലിലൂടെ അങ്ങോട്ടും ഇങ്ങോടെ നടക്കുന്നുണ്ട് ആര് വിനയപ്പെടുന്നുണ്ട് ആരേറ്റു പറയുന്നുണ്ട് കർത്താവ് ഇനി ഞാൻ മദ്യത്തിനില്ല ഇനി മദ്യക്കുപ്പിക്ക് ഞാനില്ല ഇനി ഞാൻ വിരോധത്തിനില്ല ഇനി ഞാൻ കൈപ്പനി ഇല്ല കർത്താവ് എന്നോട് ക്ഷമിക്കണമേ ിൽ ഹൃദം കൊണ്ട് താഴുന്നുവെങ്കിൽ അവരെ വീണ്ടെടുക്കാൻ വിടവീക്കാൻ വേണ്ടിയതാ ആ കൈപ്പത്തി ഈ പന്തലിലൂടെ അങ്ങോട്ടും നടക്കുന്നുണ്ട് നിങ്ങൾ കണ്ണടച്ച് ധ്യാനിച്ച നിങ്ങൾക്കത് കാണാൻ പ്രിയപ്പെട്ടവരെ ആ കൈപ്പത്തി ഉയർത്താൻ വേണ്ടി സഞ്ചരിക്കുകയാണ് കൈപ്പറ്റി നിന്നെ രക്ഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയാണ് എന്റെ മദ്യപാനം മാറ്റിയ കൈപ്പത്തിയാണ് ഈ മക്കളെ ഇന്ന് രാത്രി മകനെ മദ്യപാനമായി കൈപ്പത്തിക്ക് മാറ്റാൻ തരും നീ ഭക്ഷിക്കുന്നുവെങ്കിൽ നീ പറഞ്ഞ ദൈവത്തിന് നന്ദിയോടെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർക്ക് തോന്നും ഈ പറഞ്ഞതൊക്കെ എന്റെ ഭർത്താവിന്റെ കാര്യമാണ് കാരണം മദ്യപാനത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത് എനിക്ക് മദ്യപാനം ഒന്നുമില്ല ഒരു കുറ്റവും ഇല്ലല്ലോ എന്ന് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം സ്ത്രീകളെ ദൈവത്തിന്റെ വചനം മാനിക്കുന്നു ദൈവത്തിന്റെ വചനം മാനിക്കുന്നു സ്ത്രീകളെ എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു പിതാക്കന്മാരുടെ പാവം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുമെന്ന് സന്ദർശിക്കും എന്ന് പറയുന്നു എന്നാൽ അമ്മയുടെ പാവമോ അമ്മയ്ക്ക് പാവ അമ്മയ്ക്ക് വാവു അമ്മമാരുടെ ഭാവം നിസ്സാരം വലിയ കാര്യമാണ് ദൈവത്തിന്റെ വചനം പറയുന്നു ആമോസിന്റെ പുസ്തകം നാലാമധ്യായത്തിൽ അതിന്റെ നാലാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു എന്താണ് പറഞ്ഞത് അവർക്ക് ആമോസന്റെ പുസ്തകം നാലാമതി കൊണ്ടും നിങ്ങളുടെ സന്തതികളെ കൊണ്ടും പിടിച്ചുകൊണ്ട് പോകും അപ്പന്റെ പാവം മാത്രമല്ല അമ്മയുടെ പാപവും മക്കളെ ചൂണ്ടൽ കൊണ്ടുപിടിക്കും അമ്മയുടെ പാപവും മക്കളെ ചൂണ്ടൽ കൊണ്ടുപിടിക്കും പ്രിയപ്പെട്ടവരെ പശുക്കളെ എന്ന് സങ്കീർത്തനം ഇരുപത്തിരണ്ടും അവർ ഈ ആമോസൺ പുസ്തകം നാലാമധ്യായി നാലാം വാക്യവും വായിച്ചു കൊണ്ട് ഞാനിങ്ങനെ ധ്യാനിക്കാറുണ്ട് സംഗീർത്തിന് ഇരുപത്തിരണ്ടിൽ കാണാം സിമിഹത്തെ പോലെ അലരുന്ന ഭിക്ഷയോടെ അലരുന്നതായ വളഞ്ഞു അവർ സിമിഹങ്ങളെ പോലെ അലറന്നു എന്ന് എന്നാൽ അങ്ങനെ അലറുന്നതായ ഭർത്താക്കന്മാരെ മനസാന്തരമില്ലാതെ കർത്താവിനെ കൂശിക്കുന്നതായ അലർന്നതായ ഭർത്താക്കന്മാരെ പിടിച്ചു നിർത്താൻ ദൈവം വാശാന്യ പശുക്കളെ വെച്ചിട്ടുണ്ട് അവര് ഭാര്യമായ ഭർത്താവിനോട് ചോദിക്കും ഇങ്ങോട്ട് കൊണ്ടുവാ ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന ഇത്ര അലറന്നത് ഇങ്ങോട്ട് കൊണ്ടുവാ എന്ന് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇത് ശലോമോൻ അനുഭവിച്ചതാ ശലോമോൻ ആരായിരുന്നു ഞാനുകളിൽ ഞാനി ജ്ഞാനികളിൽ ഞാനി ഇരുപത്തിയേഴാം സങ്കീർത്തനം അല്ല സദൃശ്യമാക്കി ഇരുപത്തിയേഴിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനാണ് ഞാൻ ഈ അമുഖം പറഞ്ഞത് സലോമോന്റെ എഴുന്നള്ളത്ത് സേവാരാജ്ഞി കണ്ടതാണ് അവന്റെ കൊട്ടാരം അവന്റെ ഊണുമേശ അവിടത്തെ ഭക്ഷണം അവിടുത്തെ വേലക്കാർ അവരുടെ ഇരുപ്പ് ഇതെല്ലാം കണ്ട് സേവാരാജ്ഞി അമ്പരന്ന് പോയിന്നാണ് നാം വായിക്കുന്നത് എന്നാൽ ഈ പരിജ്ഞാനവും ഈ അമ്പരപ്പും മറ്റുള്ളവർക്കെല്ലാം ഇത്രമാത്രം ഭംഗിയായി തോന്നിയ കേവനായി തോന്നിയതായ ഈ സലോമോൻ സ്വന്തം ഭാര്യമാരെടുക്കൽ എങ്ങേ സുദൃശിവാക്കി ഇരുപത്തി ഏഴിന്റെ പതിനഞ്ച് പതിനാറ് വായിച്ചു നോക്കി പെരുവഴിയുള്ള ദിവസത്തിൽ ഇടവിടാതെ ഇടവിടാത്ത ചോർച്ചയും കലഹക്കാരത്തിയായ സ്ത്രീയും ഒരുപോലെ അവളെ ഒതുക്കുവാൻ നോക്കി അവളെ ശലോമോഹൻ തന്റെ ഭാര്യയോട് ഈജ്ഞാനോന്ന് പറയാൻ നോക്കി ഞാനീ ആണ് പരിജ്ഞാനമുള്ളവനാണോ അതുകൊണ്ട് ഈ ജ്ഞാനവും പരിജ്ഞാനവും കൊടുത്തുകൊണ്ട് ഭാര്യമാരെ ശലോമോഹന നന്നാക്കാൻ നോക്കി പലവെന്തായിരുന്നു ഭാര്യ എന്നാക്കാൻ വേണ്ടി ചില പറഞ്ഞു അവയെ ഒതുക്കാൻ നോക്കുന്നവൻ കാശിനെ ഒതുക്കാൻ പോകുന്നു എണ്ണയെ പിടിക്കാൻ പോകുന്നു സഹോദര നിന്റെ ഡോക്ടറേറ്റ് ഒന്നും നിന്റെ നിന്റെ വരിജ്ഞാനം കൊണ്ടെന്ന് നിന്റെ ഭാര്യ അടക്കാൻ പറ്റത്തില്ല നിന്റെ ഡോക്ടറേറ്റ് കൊണ്ടോ നിന്റെ ഭാര്യ നിന്റെ ഈ വിദ്യാഭ്യാസം കൊണ്ടോ വരിജ്ഞാനം കൊണ്ടൊന്നും നിന്റെ ഭാര്യ വിനയപ്പെടണമെന്നില്ല നിന്റെ ഭാര്യ വിനയപ്പെടണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾ ഒരുമിച്ചിരുന്ന വികസനത്തിൽ വിനയപ്പെടണം അല്ലെങ്കിൽ വാശാന്യ കൂറ്റന്മാരും വാശാന്യ പശുക്കളും കൂടെയുള്ള ഒരു യുദ്ധമായിട്ട് ഭവനങ്ങൾ മാറുകയാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പാവത്തെ അംഗീകരിക്കയില്ല നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പാപത്തെ അംഗീകരിക്കുകയില്ല സത്യ വചനം പറയുന്നു അപ്പന്റെ പാപം ഞാൻ ചെയ്യുകയില്ലായിരുന്നു എന്ന് മകൻ പറയുന്ന കാലം വരുന്നു ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം ഒരു ദിവസം നിങ്ങളെ ചുമന്നുകൊണ്ട് നിങ്ങളുടെ മകൻ പള്ളിയിലേക്കും പള്ളിയിൽ നിന്ന് സെമിറ്റേരിയിലേക്കും പോകേണ്ടി വരും അപ്പോൾ അവന്റെ ഉള്ളം പറയാൻ ഇടവരരുത് ഞാനൊരു മദ്യപാനിയെ ചുമന്നുകൊണ്ട് പോവുകയാണെന്ന് ഞാനൊരു മദ്യപാനിയെ ചുമന്നുകൊണ്ട് പോവുകയാണെന്ന് നിന്റെ മകൻ പറയാനിടവരുത് സഹോദര പള്ളിയിലേക്കും പള്ളിയിലെ സെമിറ്റേരിയിലേക്കും നിന്റെ മകൻ ചൊണ്ടു പോകുമ്പോൾ അവന്റെ ഉള്ളം പറയാനിടവരരുത് ഞാനൊരു കള്ളുകുടീറ ചൊണ്ട് പോകുകയാണെന്ന് സഹോദരി അ നിന്റെ കുഞ്ഞ് പറയാനിടവരരുത് ഞാനൊരു കലാകാരിയെ ചുമതുകൊണ്ട് പോകാൻ ഇടവരികയാണെന്ന് നിന്റെ കുഞ്ഞ് പറയാനിട വരരുത് ഇന്ന് രാത്രി നികർത്താവിന്റെ മുമ്പിൽ ഇന്ന് രാത്രി ആരുണ്ട് ദൈവത്താൽ പിടിക്കപ്പെടുന്നവരായ ആരുണ്ട് ജീവനുള്ള ദൈവത്തിന്റെ കരം പിടിക്കാൻ ആഗ്രഹിക്കുന്ന കരം ആരുണ്ട് ജീവനുള്ള ദൈവത്താൽ പിടിക്കപ്പെടുന്നവരായാലുണ്ട് എന്ന് എന്റെ കർത്താവ് എളുപ്പയോടെ ചോദിക്കുന്നുണ്ട് കർത്താവേ എന്നെ പിടിക്കണവേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ എന്നെ പിടിക്കണവേ എന്ന് ആരാണ് ആത്മാർത്ഥമായി പിടിക്കുന്ന കരം കടന്നു വന്നിരിക്കുകയാണ് സഹോദര നിന്റെ മക്കൾ നിന്റെ വാബു അംഗീകരിക്കുകയില്ല ഒരു കാലത്ത് അംഗീകരിക്കാൻ പോകുന്നില്ല നിന്റെ മക്കൾ നിന്നെ പഠിക്കാതിരിക്കണമെങ്കിൽ നീ ഇപ്പോൾ കർത്താവിനോട് പറയണം കർത്താവേ ഞാനിതെല്ലാം ഉപേക്ഷിക്കുകയാണ് ഈ മദ്യപാനവും ഭർത്താവിനോട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന സ്വഭാവവും ഭാഷാനെ പശുവിനെ പോലെ ഭാഷാൻ കൂറ്റന്മാരെ പോലെയുള്ളതായ എന്റെ സ്വഭാവങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നുവെന്ന് ജീവനുള്ള ദൈവത്തോട് നമുക്ക് വാക്കു പറയാൻ പ്രിയപ്പെട്ടവരെ ഒരു വാക്യം ഒരു കാര്യം കൂടെ നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം എടുക്കാം പതിനാറാം അധ്യായം ഒന്നാമത്തെ വാക്യവും നാലാമത്തെ വാക്യവും വായിക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം മധ്യായും ഒന്നാം വാക്യവും നാലാം വാക്യവും വായിക്കാം ശിംസോന്റെ കാര്യം അനന്തരം ശിൻസോൻ ഗസയിൽ ചെന്ന് അവിടെ ഒരു വേശിയെ കണ്ട് അടുക്കൽ ചെന്നു അതിന്റെ ശേഷം അവൻ സോരക്ക് താഴ്വരയിൽ ദലീല എന്നുപേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു പ്രിയപ്പെട്ടവരെ പാപവും ദാവീദിന്റെ പാപവും കമ്പയർ ചെയ്താൽ നമുക്ക് ചെറുത് പഠിക്കാൻ പറ്റും ദാവീദും ഇതുപോലെയുള്ള കാര്യം ചെയ്തയാളാണ് പക്ഷെ ദാവീദ് ഒരാളെ ഉന്നം വെച്ചു ഒരാളെ ഉന്നം വെച്ച് ആ ആളെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ദാവീദ് ഒപ്പിച്ചതെല്ലാം അത് അവന്റെ ഊര്യാവിന്റെ ഭാര്യ വെച്ചു ദാവീദിനെ ദൈവത്തിന് അറിയാൻ വല്ലാത്ത മനുഷ്യനാണോ പത്ത് കല്പനയും ദാവീദിനറിയാം പത്താമത്തെ കല്പന നിന്റെ കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുള്ള കൽപ്പന ദാവീദിന് ചിട്ടയായിട്ട് അറിയാം പക്ഷേ വേദജ്ഞാനം അറിയാവുന്നതുകൊണ്ട് പാപം ഇടുന്നില്ല തീയതി ഡിഗ്രി ഉള്ളത് കൊണ്ട് പാപത്തിനുമായി ജയം കിട്ടുന്നില്ല കൽപ്പനകളൊക്കെ ദാവീദിനറിയാം കൽപ്പന അറിയാവുന്നതുകൊണ്ട് പാപം വിട്ടുമാറാൻ ദാവീദിന് പറ്റുന്നില്ല ദാവീദിത ഭാര്യയെ പിടിക്കാൻ പോകുകയാണ് അവളുമായി വേഴ്ചയിലേക്ക് പോകുകയാണ് പ്രിയപ്പെട്ടവരെ ആ പാപത്തിലേക്ക് ദാവീത് വീണുപോയിക്കാലത്ത് ദാവീദിന്റെ വേരും കൊമ്പുമായവൻ എഴുതി നിന്റെ കണ്ണു നിൽക്കടച്ച് വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂട് നിരത്ത് കളയുക നിന്റെ കൈ നിൽക്കു വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞ് കളകൾ കടച്ച് വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടിക്കളുക അവയവങ്ങൾ മുറിച്ച് മാറ്റിയാൽ ഹൃദയം പിടിപ്പാകുമെന്നല്ല അതിന്റെ അർത്ഥം ജീവിതം വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ നീ തയ്യാറാകണം വിശുദ്ധിയോടെ ജീവിക്കുന്നതിനു വേണ്ടി ഏതറ്റം വരെ പോകാൻ നീ തയ്യാറാകണം പ്രിയപ്പെട്ട സഹോദര നീ അതിന് തയ്യാറാകട്ടുണ്ടോ ജീവിതത്തിന്റെ ഏതറ്റം വരെ പോയാലും എനിക്ക് വിശുദ്ധനായി ജീവിക്കണം പ്രകട ജീവിക്കണം ദാവീത് ഉന്നം വെച്ചു ശിമിശോൻ എങ്ങനെ ഉന്നം വയ്ക്കുന്ന പ്രകൃതമൊന്നുമില്ല ഏതെങ്കിലും സ്ത്രീ ആയാ മതി ദാവീത് എങ്ങനെ വെച്ച് ആ തന്നെ വേണമെന്ന് കരുതി എടുത്തവനാണ് അങ്ങനെയൊന്നുമില്ല ശിമിശോവന് ഏതെങ്കിലും സ്ത്രീ അവിടെ ചെന്നാലവിടെ ഇവിടെ ചെന്നാലിവിടെ അങ്ങനെയും ഉണ്ട് ചില ആളുകൾ അവർക്ക് സ്ത്രീ ആയാൽ മതി പ്രിയപ്പെട്ടവരെയും അങ്ങനെയുമുള്ള ആളുകളുണ്ട് അങ്ങനെയുമുള്ള ആളുകൾ ഉണ്ട് പ്രിയപ്പെട്ടവരെയും ഏതറ്റം വരെയും പോകാം ഏത് കുപ്പായവും ഊരി വേണ്ടതിനുള്ളവരുണ്ട് ചെയ്തു ശിംശോനൽ ചെയ്തു ഇന്ന് ഞാൻ നീളി എവിടെ ചോദിക്കട്ടെ ടിമ കച്ചവട നിലവിലില്ല അടിമ കച്ചവട നിലവിലില്ല എന്നാൽ ഓരോ വിശ്വാസിക്കും ഓരോ അടിമയുണ്ട് ആരാണ് അടിമ ഓരോ വിശ്വാസിക്കും ഓരോ അടിമയുണ്ട് ആരാണ് അടിമ ഒന്ന് കോറിംഗ് ഒൻപതാമതി ആയം ഇരുപത്തിയേഴാമത്തെ വാക്യം ഓരോ വിശ്വാസിക്കും ഓരോ അടിമയുണ്ട് ആരാണ് വിശ്വാസിക അടിമ നമുക്ക് വായിച്ചു നോക്കാം ഒന്നുകൂർന്നൊമ്പതാമധ്യായത്തിന്റെ ഇരുപത്തേഴാമത്തെ വാക്യം മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുക അത്ര ചെയ്യുന്നത് വിശ്വാസിയായ സഹോദരാണ് നിന്റെ ശരീരമാണ് നിന്റെ ശരീരം നിന്റെ അടിമയാകണം നിന്റെ കണ്ണുകൾ നിന്റെ അടിമയാകണം നിന്റെ കൈകൾ നിന്റെ ഇന്ദ്രിയങ്ങൾ നിന്റെ ശരീര നിന്റെ അടിമിയാകണം അത് അശുദ്ധിക്ക് വേണ്ടി കൊടുക്കാനുള്ളതല്ല വിശുദ്ധിക്ക് വേണ്ടി കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ നമുക്കൊരു പാട്ടിന്റെ രണ്ടുപേരി പാടാം അത് മറ്റൊന്നുമല്ല എന്നും ഞാൻ നിന്നടിമ എന്നും ഞാൻ നിന്നടിമ എന്റെ ഹൃദയവും എന്റെ ശരീരവും ഞാനീതാ അടിമിയാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ആ പാട്ടിന്റെ അർത്ഥം നമുക്ക് അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് രണ്ടുപേരി മാത്രം പാടാം ആരുണ്ട് അടിമയാക്കി കൊടുക്കുന്നവര് കർത്താവേ ഈ ശരീരം ഇന്ന് മുതൽ നിന്റെ അടിമയാണ് ഈ ശരീരം പഴയതിനില്ല പഴയ പ്രകൃതത്തിനില്ല പഴയ സ്വഭാവത്തിനില്ല പഴയ ശുദ്ധിക്കില്ല പ്രിയപ്രതികാരത്തിനില്ല ഈ ശരീരം നിന്റെ അടിമയായി തീരുവാൻ ഞാനിതായേൽപ്പിക്കുകയാണ് അങ്ങ് ദൂരത്ത് ദൂരത്തിരിക്കുന്നതായ സഹോദരന്മാരോട് ഞാൻ ചോദിക്കട്ടെ ഈ ശരീരം ഒരടിമയാക്കാൻ നീ തയ്യാറാണോ സഹോദര നീ ശരീരത്തെ അടിമയാക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ തലകളിയൊന്ന് ഉണക്കിക്കൊണ്ട് നീ പറയണം ഞാൻ നിർത്തുകയല്ല കർത്താവെ ഈ ശരീരം നിന്റെ അടിമയാണ് ഈ ശരീരമെന്റേതായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ നിന്റേതാക്കി തരുകയാണ് കർത്താവ് ഈ ശരീരമെന്റേതായിരുന്നു എന്നാൽ അത് ഇന്ന് ഞാൻ നിനക്ക് തരുകയാണ് ദൈവകളെ സഹോദര നീ ഏറ്റു നീ വേഷിക്കുന്നുണ്ടോ എങ്കിൽ നിന്റെ തലയിലെ താഴെ പോകും എപ്പോഴാണ് തലയിലെ പേൻ താഴെ പോകണമെന്നറിയാവോ നീ മരിച്ചു കിടക്കുമ്പോൾ ഒരു ശവശരീരമായി കഴിയുമ്പോൾ തലയിലെ പേനല്ലാം പുറത്തേക്ക് പോകുന്നതുപോലെ നീ തീരുമാനമെടുത്തുകൊണ്ട് നിന്റെ ശരീരത്തെ തന്നെ മരിക്കാൻ അനുവദിക്കുമ്പോൾ പഴയ പാപത്തിന് പഴയ മോഹത്തിന് പഴയ ത്തിന് ഞാനില്ലാതെ തീരുമാനിച്ചു കൊണ്ട് നീ മരിക്കാൻ തയ്യാറാകുമ്പോഴാണ് നിന്റെ തലയിലെ പേൻ പോലെ പോകും ഹലേ ലുഹ ഹലേ ലുഹ ഹലേ ലു തലയിലെ പേനല്ലാം ഇറങ്ങി പോത്ത് കരകളുയർത്തിക്കൊണ്ട് വർത്താവനോട് പറയേ ഞാനിത് അടിമയാകാൻ തയ്യാറാണ് ഞാനിതാ അടിമയാകാൻ തയ്യാറാണ് എന്റെ തലയിലെ കുശുമ്പെല്ലാം പോട്ടെ എന്റെ തലയിലെ പേരെല്ലാം ഇറങ്ങി പോട്ട കർത്താവേ പറയത് വിളച്ചമായത് എല്ലാം ഇറങ്ങി മാറട്ടെ എല്ലാം ഇറങ്ങി മാറട്ടെ ജനമത്രം പറയട്ടെ കർത്താവേ ഞാനിതാ എന്നൊന്നും നിന്റെ അടിമ കർത്താവേ ഇനി എൻറെ വളനും പദ്ധതിയൊന്നുമില്ല എല്ലാ നിന്റെ അടിമ നിന്റെ അടിമ നിന്റെ അടിമ പ്രിയപ്പെട്ടവരെ ശിംസോനർ ദീർഘ ശ്വാസം ജീവനുള്ള ദൈവം ഒരു ദീർഘശ്വാസം കേട്ടു ശിംശോന്റെ ദീർഘശ്വാസം ബത്തന്മാരുടെ ദീർഘശ്വാസം കേട്ട് ദൈവമിറങ്ങി വന്നു ശിംശോനെ ചെമ്പു ജങ്ങളയിൽ നിന്ന് പിടിവിച്ചു പ്രിയപ്പെട്ട അതേ മക്കളെ ഇനുസാരനായ ഞാൻ മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ മനസ്സാന്തരപ്പെട്ട ഈ ഭാവിയായ ഞാൻ ഇന്നും ആത്മീയത്തിൽ നിലനിൽക്കുന്നത് ഈ ദീർഘശ്വാസം എനിക്ക് കിട്ടുന്നത് കൊണ്ടാണ് എഴുപത്തി ഒമ്പതാം സംകീർത്തനം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നതായ ബത്തന്മാരുടെ ദീർഘശ്വാസത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ദൈവനുള്ള ദൈവം ചെമ്പുജലങ്ങിൽ കുടുങ്ങിയതായ ശിംശോന്റെ ദീർഘശ്വാസം കിട്ടു ദൈവവനെ വിടുവിക്കാൻ വേണ്ടി ഇറങ്ങി വന്നു ആൾക്കൂട്ടം മുഴുവൻ ചിരിക്കുമ്പോൾ ശിംശോൻ മാത്രം കരയുന്നു ആൾക്കൂട്ടം ആർത്ത് വിഴിക്കുമ്പോൾ ശിംശോൻ കരയുന്നു ആൾക്കൂട്ടത്തിൽ ഒരുവനായിരുന്നു കരയുന്നവരാണ്ടവിടെ ദൂരീരുന്ന കാരെങ്കിലും കരയുന്നുണ്ടോ ആരെങ്കിലും ദൂറിയിരുന്ന് കരയുന്നുണ്ടോ ആരെങ്കിലും അവിടെ കരയുന്നുണ്ടോ ദൈവവിതലെ കരയുന്നവന്റെ കണ്ണുനീര് കാണുന്ന യേശു ശിംശോന്റെ കണ്ണുനീർ കണ്ടു ഏകാന്തത്തിലിരുന്ന് നെടുവീർപ്പിടുന്ന ശിംശോന്റെ ആ നെടുവീർപ്പ് ദൈവം കണ്ടു ഈ ഭാവിയായ അടിയന് ദൈവം ഒരു തന്നു സഹോദരങ്ങളെ മടങ്ങിപ്പോകാനിട്ടല്ല പിന്മാറാനിട്ടല്ല ദൈവനുള്ള ദൈവം എനിക്ക് വിടുതൽ തരുന്നത് കൊണ്ട് ഞായ് രംഗത്ത്യാണ് പിന്മാറാനുകൊണ്ടല്ല ഇതുവരെ തിരിച്ചു പോകാനിടവരാത്തത് പലവട്ടം പോയതാണെന്നാൽ ദൈവത്തിന്റെ കൃപയാൽ പതിനഞ്ചാമത്തെ ആയ പന്ത്രണ്ടാം വാക്യവും ഇരുപത്തി ഒന്നാം വാക്യവും വായിച്ചാൽ രണ്ടു വട്ടം അപ്പാവെന്ന് വിളിച്ചു ആദ്യത്തെ പ്രാവശ്യം സ്വത്ത് ചോദിച്ചുകൊണ്ടാണ് അപ്പ എന്ന് വിളിച്ചത് എനിക്ക് സ്വത്ത് വേണം അത് വിശാജി വിളിയായിരുന്നു രണ്ടാം പ്രാവശ്യം മടങ്ങി വന്നുകൊണ്ടാണ് അപ്പ എന്ന് വിളിച്ചത് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു അലരുക ഈ രണ്ടാം വട്ടം അപ്പാ എന്ന് വിളിച്ച വിളി ഇന്ന് രാത്രി ഈ പന്തലിൽ മുഴങ്ങാൻ ആരെല്ലാം ഉണ്ട് അപ്പാ അപ്പാ ഞാൻ സ്വർഗത്തോടു നിന്നോടു പാപം ചെയ്തു ഹലേലൂയ ഹലലൂയ നിങ്ങളത് പറയുമെങ്കിൽ കർത്താവേ നിങ്ങളുടെ കുടുംബ ജീവിതം സമാധാനമാകും ദൈവമേ ഞാൻ നിന്നോട് പാപം ചെയ്തു എന്റെ ചുറ്റുപാടുമുള്ളവരോട് എന്റെ കൂടെയുള്ളവരോട് ഞാൻ പാപം ചെയ്തു വിളിച്ചു രണ്ടാമത്തെ വിളിയാണ് ജീവിതത്തിൽ ശിമിശോന്റെ പേര് പ്രിയപ്പെട്ടവനെഴുതിയതുപോലെ അവന്റെ പേരെഴുതിയതുപോലെ നിങ്ങളുടെ പേര് സ്വർഗത്തിലെഴുതണമോ രണ്ടാമത്തെ വിളിച്ചതുപോലെ അപ്പ ക്ഷമിക്കണമേ അപ്പ എന്നോട് അപ്പോ അപ്പാ ഞാൻ സ്വർഗത്തോട് നിങ്ങളോട് ഇന്നരാത്രി ഞാൻ മടങ്ങി വരിക ഇന്ന് രാത്രി ഞാൻ മടങ്ങി വരിക ഇനി ഒരിക്കലും ഞാൻ മാറിപ്പോകാനില്ല കർത്താവെ ഹാല ജീവനുള്ള ദൈവം സന്തോഷിക്കട്ടെ ആഹ്ലാദിക്കട്ടെ അവനാട് മധ്യത്തിലേക്ക് ഇറങ്ങി വരട്ടെ പ്രിയപ്പെട്ടവരെ സഹോദര സഹോദരിമാരെ പറഞ്ഞല്ലോ ഹൈലി ഇൻഫ്ലെയിമബിൾ ആണ് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ തീപിടിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു ദൈവ സൃഷ്ടി മനുഷ്യന് മാത്രമേ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ തീപിടിക്കാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിന് സ്തോത്രം തീപിടിക്കണം തീ പിടിച്ചു അനേകരുടെ ഹൃദയത്തിന് തീ പിടിച്ചു അനേകരുടെ അസ്ഥികളിൽ തീ വന്നു അനേകരുടെ നാവിൽ തീ വന്നു അനേകരുടെ തലയിൽ തീ വന്നു ഞാനും ചോദിക്കട്ടെ ദളിയും ഇവിടെ ചോദിക്കട്ടെ ഈ ശരീരം ആരുതെന്നതാ ഈ ശരീരം ആരുതെന്നതാ ഇ യുവർ ഓൺ ഈ ശരീരമാര് തന്നതാ ഈ സൗഖ്യം ആര് തന്നത് സഹോദരി ഈ സൗന്ദര്യമാര് തന്നതാ ഇതെല്ലാം ആര് തന്നതാ ഈ ചോര ആര് തന്നത് ഈ ചോര ആര് തന്നതാ ഈ ശരീരമാര് തന്നതാ ഈ ആയുസ് ആര് ഈ ചോര ആര് തന്നതാ പ്രിയപ്പെട്ടവരെ ഈ ചോരയും നീരും ആയുസ്സും ആരോഗ്യവും തന്നവൻ ഇന്ന് രാത്രി നിന്നോട് ചോദിക്കുകയാണ് ആ ചോരയും നീരും ആരോഗ്യവും എനിക്ക് മടക്കിട്ടാണ് ൂഹിയ എനിക്ക് മടക്കി തരാൻ നീ തയ്യാറാണോ ഞാൻ നിനക്ക് തന്നെ ആരോഗ്യം ഞാൻ നിനക്ക് തന്നെ ആയുസ് ഞാൻ നിനക്ക് തന്നതായ ശരീരം ഞാൻ നിനക്ക് തന്നതായോര എനിക്ക് വേണ്ടി ചരാൻ എനിക്ക് മനസ്സാണോ ഈ ശരീരം എനിക്ക് വേണ്ടി തരാൻ നിനക്ക് മനസ്സാണോ ഇതെനിക്ക് വേണ്ടി തരാൻ മനസ്സാണോ നെയ്വു അതിൻ്റെതല്ലല്ലോ അത് നീ കണ്ടുപിടിച്ചതല്ലല്ലോ നീ അവൻ നിനക്ക് തന്നതല്ലേ അവൻ നിനക്ക് തന്നതാണെങ്കിൽ ഇന്ന് രാത്രി അവന് കൊടുക്കാൻ ആര് തയ്യാറുണ്ട് അവന് ഏൽപ്പിച്ചു കൊടുക്കാൻ ആര് പ്രിയപ്പെട്ടവരെ ആ ക്യാമറ കൊണ്ട് നോക്കുന്നവർക്ക് നിങ്ങളുടെ ഫോട്ടോയിലെടുക്കാൻ താല്പര്യമുണ്ട് ചെറിയ നീരും രക്തവും ദൈവത്തിൻറെതാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ദൈവത്തിന് കൊടുക്കുന്നു എന്ന് പറയുന്നതായ ദൈവക്കളുടെ ചിത്രം എന്ന് പകർത്താൻ ആ ക്യാമറയ്ക്ക് ആഗ്രഹമുണ്ട് കാരണം സ്വർഗമെന്ന് കാണട്ടെ സ്വർഗമെന്ന് സന്തോഷിക്കട്ടെ കർത്താവേ ഈ ശരീരം നീ എനിക്ക് തന്നതാണ് കർത്താവേ ഈ ആയുസ് നീ എനിക്ക് തന്നതാണ് ഉയർത്താവേ ഈ രക്തം നീ എനിക്ക് തന്നതാണ് എങ്കിലെ യേശുവ ഈ ആരോഗ്യവും ഈ ശരീരവും ഈ ആയുസല്ല നിറേത് നിന്ദേത് നിേത് ഹാലുയ പറയാൻ ആരെല്ലാം ഉണ്ട് കരങ്ങളിർത്തി ഹാലെ ലിയ പറയാൻ ആരെല്ലാം ഉണ്ട് സ്വർഗം ഈ ശരീരം നിറേതാണ് എല്ലാം നിന്റേതാണ് ഭർത്താവെ വിശാദി കവർന്നുകൊണ്ടുപോയി എല്ലാം നിന്റേതാണ് എല്ലാം വളക്കിയേൽപ്പിക്കുകയാണ് എല്ലാം തിരിച്ചേൽപ്പിക്കുകയാണ് ഭർത്താവെ ഇന്നു എല്ലാം നിന്റേതാണ് എല്ലാം നിറേതാണ് കരങ്ങളെ താഴ്ത്തിയിട്ട് അതേ നരകം എങ്ങനെ ഒഴിവാകും പ്രിയപ്പെട്ടവരെ എന്റെ ഭാവി തീരുമാനിക്കപ്പെടുന്നത് ഈ പന്തലിലാണെന്ന് എനിക്കറിയാം എന്റെ ഭാവി തീരുമാനിക്കപ്പെടുന്നത് ഈ ഫെലോഷിപ്പിലാണെന്ന് എനിക്കറിയാം ഈ പന്തലിലാണെന്ന് എനിക്കറിയാം കാരണം ഇവിടെ ക്രിസ്തു ഉണ്ട് ഇവിടെ യേശുണ്ട് യേശു ഉള്ളിടത്താണ് എന്റെ ഭാവി തീരുമാനിക്കപ്പെടുന്നത് യേശു ഉള്ളിടത്താണ് എന്റെ ജീവിതത്തിന്റെ അവസാനം തീരുമാനിക്കപ്പെടുന്നത് യേശുളത്താണ് എന്റെ ഭാവം ക്ഷമിക്കപ്പെടുന്നത് സഹോദരങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു സഹോദരങ്ങളെ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് മകനെ നിന്റെ ഭാവി രാത്രി തീരുമാനിക്കപ്പെടുകയാണ് നിന്റെ ഭാവി ഇന്ന് രാത്രി ഇവിടെ തീരുമാനിക്കപ്പെടുകയാണ് മകള് നിന്റെ ഭാവി ഇന്ന് രാത്രി ഇവിടെ തീരുമാനിക്കപ്പെടുകയാണ് ഈവന്റെ പുസ്തകം തുറന്നു വെച്ചുകൊണ്ട് എന്റെ കർത്താവ് പറയുകയാണ് കുഞ്ഞേ നിന്റെ ഭാവി ഇന്ന് രാത്രി ഇവിടെ തീരുമാനിക്കപ്പെടുകയാണ് ശ്രദ്ധിച്ചിരിക്കുന്നവർ ഒരു മിനിറ്റ് കൂടെ നിന്നെ ന്യായം പിരിക്കാൻ എന്നെ ന്യായം വിധിക്കാൻ മൂന്ന് സിംഹാസനങ്ങളുണ്ട് മൂന്ന് ന്യായാധിപന്മാരുണ്ട് ഒന്ന് ഈ ലോകത്തിലെ ന്യായാധിപന്മാർ ന്യായം വിധിക്കാൻ അധികാരമുള്ളവരാണ് ഈ ലോകത്തിലെ ലീഗൽ കോടതികൾ ന്യായം വിധിക്കാൻ അധികാരമുള്ളവരാണ് രണ്ടാമത് എന്റെ മനസാക്ഷിയുടെ കോടതി എന്റെ മനസ്സാക്ഷിയുടെ കോടതി എന്നെ ന്യായം വിധിച്ചേക്കാം മൂന്നാമത് മറ്റൊരു കോടതി കൂടെ ഉണ്ട് കോർട്ട് സ്വർഗീയ ന്യായവിധി സ്വർഗ്ഗത്തിലെ ആദ്യത്തെ രണ്ട് കോടതി നിന്നെ വെറുതെ വിട്ടാലും മൂന്നാമത്തെ കോടതി നിന്ന് നായം വിധിച്ചാൽ സഹോദര നിന്റെ ഭാവി ഭയങ്കരമായിരിക്കും ഈ ലോകത്തിലെ കോടതിയും മനസ്സാക്ഷി കോടതിയും നിന്നെ വെറുതെ വിട്ടാലും ദ ഡിവൈൻ കോർട്ട് സ്വർഗ്ഗത്തിലെ ന്യായാധിപൻ നിനവരുതെ വിട്ടില്ല എങ്കിൽ നിന്റെ ഭാവി ഭയാനകമായിരിക്കും ഈ ലോകത്തിലെ ആദ്യത്തെ രണ്ട് കോടതിയും നിന്നെ കുറ്റവാളിയെന്ന് വിളിച്ചാലും മൂന്നാമത്തെ കോടതി നിന്നെവെറുതെ വിട്ടാൽ നീ ഭാഗ്യവാനാണ് എന്നാൽ ഞാനെളുവിടെ പറയട്ടെ ഈ ഡിവൈൻ കോടതിയിൽ ന്യായാധിപൻ ഇന്നു വരെയും ഈ മൂന്നാമത്തെ സ്വർഗീയ കോടതിയുടെ ന്യായാധിപൻ ഇന്നു വരെയും അവൻ ന്യായാധിപന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് അവിടെ കീറിയിരുന്നിട്ടില്ല ആ ന്യായാധിപതി ഇപ്പോൾ ഒരു യാചകനെ പോലെ നിങ്ങളുടെ അരികത്ത് കൂടെ നടക്കുന്നുണ്ട് ആ ന്യായാധിപൻ അടിവൈം കോർട്ടിലെ ആ സ്വർഗീയ കോടതിയിലെ ന്യായാധിപൻ ഇപ്പോൾ ഒരു യാചകനെപ്പോലെ ഇപ്പോൾ ഒരു യാചകനെപ്പോലെ നിന്റെ മുമ്പിലൂടെ നടക്കുന്നുണ്ട് അങ്ങനെ ഞാൻ നിന്നെ വരിക എന്നാൽ ഇന്ന് ന്യായവതി ഒഴിവാക്കാൻ വേണ്ടി ഞാനിതാ ഒരു യാചകനെ പോലെ ഞാനിതാ ഒരു യാദകനെ പോലെ നിന്റെ മുമ്പിലേക്ക് വരികയാണ് ഞാൻ നിന്റെ മുമ്പിലേക്ക് വരികയാണ് ഞാൻ ന്യായം വിധിക്കാൻ ആഗ്രഹിക്കുകയുമല്ല ഞാനിതാ ന്യായവാധിപനായി വരണ്ടവനാണ് ഇന്നാ ഈയൊരു യാദകനെ പോലെ ഞാൻ നിന്റെ മുമ്പിലേക്ക് വരികയാണ് നിന്റെ ഭാവി എനിക്ക് തരാവോ നിന്റെ ഭാവി എനിക്ക് തരാവോ നിന്റെ പാവേൽപ്പിക്കാവോ നിന്റെ പാവ ഏറ്റുപറയാവോ നിന്റെ കഴിഞ്ഞ കാല ഒന്ന് തുറന്നു പറയാവോ പ്രിയപ്പെട്ടവരെ ആരായാതി വനിത ഒരു യാചകനെ പോലെ തലങ്ങും വലങ്ങും നടക്കുകയാണ് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ജീവനുള്ള ദൈവത്തിന്റെ പെരുവെള്ളത്തിന്റെ ശബ്ദം പോലെയുള്ള വചനം നമ്മുടെ കഥയത്തിലേക്ക് ഇറങ്ങി വരാൻ പോകുകയാണ് ദൈവമാകാശത്തിന്റെ കിളിവാതല തുറന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ പോകുകയാണ് ഹാലലിയ ദൈവക്കളെ ജീവനുള്ള ദൈവം നിങ്ങളെ പെരുവെള്ളത്തിൽ കൂടെ അപ്പറ കടത്താൻ പോകുകയാണ് നനയാതെ നടത്തുന്ന ദൈവം തലയിലെ മുടിയുടെ രൂപതെ എണ്ണി അറിഞ്ഞിരിക്കുന്നവനായ ദൈവം നിന്റെ ആയിസ് ദൈവം നിന്റെ നാളുകളിൽ ദൈവം ഹാല കുഞ്ഞിനെ അറിയുന്ന ദൈവം ഹാലറിയുന്ന ദൈവം നിന്റെ നീളമറിയുന്ന ദൈവം നിന്റെ മുഖം അറിയുന്ന ദൈവം നിന്റെ സമ്പത്ത് അറിയുന്ന ദൈവം ഹാലയലിയാൽ ആദ്യമറിയുന്നപ്പോൾ ആദ്യം കണ്ട ദൈവം ഇന്ന് രാത്രി നിന്റെ അടുക്കത്തേക്ക് വന്നിട്ട് നിന്നോട് ചോദിക്കുകയാണ് മകനെ നിന്റെ ഭാവി എന്നെ ഇതാ ഒരു യാദകരെ പോലെ ചോദിക്കുകയാണ് തീരുമാനിക്കുന്നെങ്കിൽ നിങ്ങളുടെ കരങ്ങളൊന്ന് കൂപ്പുവാൻ ഞാൻ നിങ്ങളോട് പറയുകയാണ് കരങ്ങൾ വീശുവാനല്ല കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഒന്ന് കൂപ്പി നിൽക്കത്ത് കരങ്ങളെ അടുത്തിണ്ട് യേശുവേ യേശു യേശുവേ നീ ന്യാധിപനായി വരുന്നതിന് മുമ്പ് ഞാനീത എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് യേശുവേ എല്ലാ നിന്നെ ഏൽപ്പിക്കുകയാണ് എല്ലാ നിന്ന കരങ്ങളിലേക്ക് തരുകയാണ് എല്ലാ നിന്ന കരങ്ങളിലും ഏൽപ്പിക്കുകയാണ് ഹലേ ലുഹ്യീവനുള്ള ദൈവവിത കടന്നു വന്നിരിക്കുകയാണ് ഹലഹേ ലുഹേ ലുഹ ഞായാധിവനീത യാദവനെ പോലെ വന്നിരിക്കുന്നു അവനോട് വാക്ക് പറയുവീ അവനോടും ീൻ അവനെ സ്തുതിക്കേൻ അവനെ വാഴ്ത്തവീൻ അവന് ഹലിയ പറയുവീൻ നാ ഉയർത്തി ചുണ്ടുയർത്തി സ്വരവുയർത്തി അവന് പാടുവീൻ അവന് പാടുവീൻ ഹലേ